ദൈവ ദിന നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിന്റെ വിലയേറിയ ശുശ്രൂഷകരെ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരികളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ വന്ദനം അറിയിക്കട്ടെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠന്മാർ ഇത്രയും കടന്നു വന്നിരിക്കുന്നതും ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം തരുന്നതിന് വൈദികരുടെ സഹായവും സാന്നിധ്യവും ലഭിക്കുന്നതുമെല്ലാം അതും വലിയൊരു മഹത്തായ കാര്യം എന്ന് ഞങ്ങൾ തീർച്ചയായും സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയട്ടെ കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമേറി ശുശ്രൂഷീലതയും ഉപയോഗിക്കുന്നതായ നേതൃത്വം നൽകുന്നതായ വന്യ വൈദിക ശ്രേഷ്ഠന്മാർ എക്കാലത്തും നമുക്ക് താങ്ങും തണലുമായി നിന്നിരുന്നു നിൽക്കുന്നു അത് വളരെ സന്തോഷത്തോടും വളരെ ആദരവോടും വളരെ നിറഞ്ഞ നന്ദിയോടും കൂടി മാത്രമേ ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുള്ളൂ അഗാധമായ കടപ്പാട് ഞങ്ങൾക്ക് വന്നി വൈദികരോടുണ്ട് അതും ക്രിസ്ത്യൻ ബൈബൽ ഫെലോഷിപ്പിനുള്ള ആ കൃതജ്ഞതയും കടപ്പാടും വിധേയത്വവും ഞങ്ങൾ വളരെ വിനയപൂർവ്വം ഇപ്പോൾ പ്രകാശിപ്പിക്കുകയാണ് സഭാഭേദം കൂടാതെ അനേകം അനേകം ആളുകൾ നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗത്തിൽ കൺവെൻഷനിൽ നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം കടന്നുവരുന്നു നിങ്ങളോടുള്ള ഞങ്ങളുടെ ആദരവ് ഞങ്ങളുടെ ബഹുമാനം ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ കടപ്പാട് ഞങ്ങളുടെ കൃതജ്ഞത അത് ഇപ്പോൾ വീണ്ടും പ്രകാശിപ്പിക്കുകയാണ് നാനാദേശങ്ങളിൽ നിന്നായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അല്ല ഈ ഭാരതഭൂമിക്ക് വെളിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാമായി അനേകനേകം ആളുകൾ ഈ കൺവെൻഷനുവേണ്ടി വന്നിരിക്കുന്നു നിങ്ങളോട് ഞങ്ങളുടെ ഉള്ളത്തിൽ നിറന്നു നിൽക്കുന്ന സന്തോഷവും സ്നേഹവും കടപ്പാടും വിധേയത്വവും ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കടന്നു അതിനു മുൻപ് ഒരു ശീലൊന്ന് പാടാം നോക്കൊരുമിച്ചൊന്ന് പാടാം കണ്ടന്നേ സു പുഞ്ചേരി തുകിടുന്നു തഞ്ചനത്തെ കണ്ടന്നേശു പുഞ്ചേരി തൂ കേടുന്നു ദൈവദൂരസംഗമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു ദൈവദൂരസംഗമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു சோதரை ஓடி வந்தங்கள் كلكم பிரவேசிக்க ஞானமேனக்குள்ளதெல்லாம் இயேசுவேது சொந்தமேனக்குள்ளதெல்லாம் இயேசுவேது சொந்தமே அவரെന്നே நடக்குது எனக்கும் மொட்டilla அவரെന്നே நட േ പുഞ്ചേരി കണ്ണന്നേശുഞ്ചേരി സംഗമെല്ലം നോക്കിനുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം എന്നെ വിടുക ഉഷസുദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ജീവനുള്ള ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി നിർബന്ധമായി പിടിച്ചു ഒരു ദൈവ കാണുന്നത് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അതിനെ വിടുകയില്ല എന്നാണ് യാക്കോവ് ഇവിടെ പറയുന്നത് അനുഗ്രഹത്തിനുവേണ്ടി യാക്കോവ് ക്ലേശത്തോടെ യാചിക്കുകയാണ് വേദനയോടെ യാചിക്കുകയാണ് ഗതിമുട്ടി വന്ന് നിൽക്കുകയാണ് മരണം പതിയിരിക്കുന്നതെന്നാണ് യാക്കോവിന് മനസ്സിലായി എതിരാളി എതിരെ വരുന്നുവെന്ന് മനസ്സിലായി ശത്രുത്വം പെരിയിരിക്കുന്നത് മനസ്സിലായി ജീവിതത്തിൽ ഈ കാലയളവിളിനുള്ളിൽ ഒട്ടേറെ ദുരിതങ്ങളേറ്റാണ് യാക്കോവ് അവിടം വരെയും എത്തിയത് യൌവനപ്രായത്തിൽ തന്നെ സ്വന്തം വീട് വിട്ട് ഓടേണ്ടി വന്നയാളാണ് യാക്കോവ് രാവിലെ ഒരു ദിവസം പ്രഭാതത്തിൽ നേരം വിളിക്കുന്നതിന് മുമ്പ് അമ്മ വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണ് യാക്കോവിന് ഓർമ്മ കണ്ണ് ചിമ്മി തുറന്ന് കണ്ണ് തിരുമ്മി തുറക്കച്ചടവുക മാറാതെ അമ്മയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ പൊയ്ക്കോ വേഗം ഓടിക്കോ നിന്റെ സഹോദരൻ നിന്നെ കൊല്ലാൻ പരിപാടി ഇട്ടിരിക്കുന്നു മോനെ നീവിടെ നിന്നാൽ രക്ഷയില്ല വേഗം ഓടിക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അന്നിറങ്ങിയതാണ് ഇരുപതുവർഷം മുൻപ് ഇരുപത് വർഷം മുൻപ് യൌനത്തിന്റെ ആരംഭത്തിൽ സ്വന്തം വീട് വിട്ടിറങ്ങി ഓടേണ്ടി വന്ന യുവാവ് ഇന്നിതാ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണ് ഏതേതെല്ലാം വൈദ്യുനികളിലൂടെയാണ് യാക്കോവ് കടന്നുപോയത് എന്തെല്ലാം പ്രതിസന്ധികളെയാണ് അതിജീവിച്ചത് കബളിപ്പിക്കലുകൾ ജീവിതത്തെ നേരിടേണ്ടി വന്നു മറ്റുള്ളവരിൽ നിന്നുള്ളതായ ഒട്ടേറെ ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നു മറ്റുള്ളവർ യാക്കോവിന്റെ ശക്തിയും കഴിവും ചൂഷണം ചെയ്യുന്ന അനുഭവങ്ങളുണ്ടായി യാക്കോവിനെ വിഷമിപ്പിച്ച അനുഭവങ്ങൾ ധാരാളം ധാരാളം ഉണ്ടായി എന്നാൽ ഇന്നിതാതിൽ ഏറ്റവും പ്രയാസപ്പെട്ടൊരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു യാക്കോവ് പോയതുപോലല്ലാതിരികെ വരുന്നത് സമ്പലസമൃദ്ധിയുണ്ട് ആടുമാടുകളുണ്ട് ദാസിദാസന്മാരുണ്ട് ഭാര്യ ലേയും റാഹയിലുമുണ്ട് അന്ന് ബഹുഭാരിയാത്തുന്ന നിലവിലിരുന്നിരുന്നു റാഹയിലും ലയയും ഭാര്യമാരുണ്ട് വേലക്കാരുണ്ട് എല്ലാ സമൃദ്ധിയുമുണ്ട് പക്ഷേ ജീവൻ അപകടത്തിൽ ജീവൻ അപകടത്തിൽ മരണം പതിയിരിക്കുന്നു ഇരുപതു വർഷം മുൻപ് വീട് വിട്ടിറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഈ പൊതിവിന്റെ കയ്യിലിരിക്കട്ടെ ഇത് അല്പം അടയുണ്ട് അപ്പമുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഇത് വഴിയാത്രയ്ക്ക് തിരിക്കട്ടെ അറുനൂറ് കഴിയത് കൂരെയുള്ള ഹാരാനിലേക്ക് പോകാനാണ് അമ്മ യാക്കോവിനെ പറഞ്ഞുവിടുന്നത് അവിടെ ഈ അമ്മ റിബേക്കയുടെ സഹോദരനായ ലാബാന്റെ വീടുണ്ട് അവിടെ പോയി രക്ഷപ്പെടാനാണ് അമ്മ പറഞ്ഞു വിടുന്നത് അമ്മയൊന്ന് പറഞ്ഞത് എന്റെ മകനെ നിങ്ങൾ രണ്ടുപേരും കൂടി അടിച്ചടിച്ചാകുന്നത് ഞാൻ എങ്ങനെ കാണും നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെടുന്നത് ഞാൻ എങ്ങനെ സഹിക്കും കുഞ്ഞയെ നീ വേഗം കൂടി രക്ഷപ്പെട്ടുകൊള്ളൂ നിന്റെ സഹോദരൻ നിന്നെ കൊല്ലാൻ പരിപാടിയിട്ടിരിക്കുന്നുവെന്ന് ഇപ്പോൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഏകനായി പോയ യാക്കോവ് കേവലൊരു വടി മാത്രം കൈയിൽ പിടിച്ച് ഉണ്ടായിരുന്ന ദുരുത്തിയിലെ വെള്ളം തീർന്ന് ആ ചെറിയ പൊതിക്കകത്തുള്ള അപ്പവും തീർന്ന് മരുഭൂമിയിൽ കൂടി ഏകാഗിയായി യാത്ര ഒരു ചെറിയ വടിയോടുകൂടെ അവസാനമങ്ങ് ലാബാന്റെ ഭവനത്തിലെത്തിയ യാക്കോ ഇപ്പോൾ സമ്പസമൃദ്ധിയോടെ മടങ്ങി വരികയാണ് എല്ലാം ഉണ്ട് പക്ഷേ സഹോദരൻ യേശാവ് എതിരെ നാനൂറാളുമായി വരുന്നു എന്ന് കേട്ടു കൊന്നുകളെയും തീർച്ചയാണ് വൈരാഗ്യം മനസ്സിൽ മാറിയിട്ടില്ല ഒരിക്കൽ ഈ യാക്കോവ് യേശാവിനെ ചതിച്ചതാണ് യേശാവിനുള്ള അനുഗ്രഹം കവർന്നെടുത്തതാണ് യേശാവിന് കിട്ടേണ്ടതായ അനുഗ്രഹം കവർന്നെടുത്തതായ ഒരു വലിയ കുറ്റബോധം യാക്കോവിന്റെ ഉള്ളിലിങ്ങനെ ഉപഗൂഹനം ചെയ്യപ്പെട്ട് കിടക്കുകയാണ് യാക്കോവ് ആ കുറ്റബോധത്തിന്റെ നീച്ചലുകളിലകത്ത് പടർന്നു കയറി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാക്കോവ് മനസ്സിലാക്കി ഈ സഹോദരൻ ഏശാവു നാനൂറാളുമായി വരുന്നത് എന്നെ കൊല്ലാൻ മാത്രമല്ല എന്റെ ഭാര്യമാർക്കും മക്കൾക്കും എന്റെ ആടുമാണുകൾക്കും ദാസുദാസന്മാർക്കും ഈ എല്ലാം കേടുവരുത്താനും അവരെല്ലാം അവഹരിച്ചുകൊണ്ടുപോകാനുമാണ് ഞാൻ എന്തു ചെയ്യും യാക്കോവ് വലഞ്ഞു ഒരു പുഴയുടെ തീരത്തെത്തി ഒരു കടമെങ്കലെത്തി ആ നദീതീരത്ത് നിന്നു ആ തീരത്തെ കടവിന്റെ പേര് ഈ യാബോക്ക് കടവ് എന്നാണ് യാക്കോവ് യാബോക്ക് കടവെങ്കിലെത്തി അബ്രഹാമിന്റെ മേനായ ഇസ്ഹിന്റെ മനായ കഥയാണ് നാം കേൾക്കുന്നത് അവിടെ ആ കടവെങ്കിലെത്തിയിട്ട് യാക്കോവ് അവിടെ ഒരു കാര്യം ചെയ്തു അക്കരയ്ക്ക് തന്റെ വേലക്കാരെ കടത്തി ആടുമാടുകളെയും രാസേയും കടത്തി തന്റെ ഭാര്യമാരെ കടത്തി തന്റെ കുഞ്ഞുങ്ങളെ കടത്തി യാക്കോവ് പ്പുറത്ത് തനിയെ ശേഷിച്ചു അങ്ങനെയാണ് നാം ഈ വേദിവസം വായിക്കുന്നത് മുപ്പത്തിരണ്ടാം അധ്യായത്തിന് ഇരുപത്തിരണ്ടാം ആക്കി മുതൽ നമുക്ക് നോക്കാം രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ രണ്ടു ഭാര്യമാരെയും രണ്ടു ദാസിയേയും ദാസിമാരെയും പതിനൊന്ന് പുത്രന്മാരെയും കൂട്ടി എബോക്കട കടന്നു അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം ോവ് അവിടെ ആ യാബോക്ക് കടവ് അപ്പുറത്തേക്ക് ഭാര്യമാരെയും മക്കളെയും ദാസിദാസന്മാരെയും ആടുമാടുകളെയും കടത്തിയിട്ട് യാക്കോവ് ഇക്കരെ തനിയെ ശേഷിച്ചു യാക്കോവിന്റെ മനസ്സിലൊരു പ്ലാനിംഗ് ഉണ്ട് അവിടെ എതിരെ യേശാവും ആളുകളും വരുമ്പോൾ തന്റെ വേലക്കാരെ പിടിച്ചുകൊണ്ടുപോയാലും ആടുമാടുകളെയും മറ്റും സമ്പത്തും കവർന്നുകൊണ്ടുപോയാലും ഒരു പടി കൂടി കടന്ന് മക്കളെ കൊണ്ടുപോയാലും ഭാര്യമാരെ കൊണ്ടുപോയാലും അവന് ഇപ്പുറത്തേക്ക് കടവ് കിടന്ന് വരുമ്പോഴേക്ക് എനിക്ക് ഓടി രക്ഷപ്പെടാമല്ലോ ആ കരുതലോടുകൂടിയാണ് യാക്കോവ് ഇക്കരെ നിൽക്കുന്നത് ആ കരുതലുള്ളിലുള്ളപ്പോഴും ഇവിടെ തനിയെ ശേഷിച്ചതാ രാത്രി മുഴുവനും യാക്കോവ് ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് എന്റെ കർത്താവെ ഇപ്പോൾ അത്യന്താപേക്ഷിതമാണ് നിന്റെ കരുണ നിന്റെ സഹായം എനിക്ക് കൂടിയേ കഴിയൂ നീ എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ പറ്റൂ കർത്താവെ എന്റെ സഹോദരന്റെ ഭീകരമായ ആക്രമണത്തിൽ നിന്നെ നീ രക്ഷിക്കണം ശത്രു എതിരെ വന്നിരിക്കുന്നു ഞാൻ എന്തു ചെയ്യേണ്ടു എന്റെ ദൈവമേ എന്റെ ആയുസ് ഇവിടെ ഈ മധ്യപ്രായത്തിൽ ഞാൻ ഇതാ തീരുകയാണോ യാക്കോവ് ഏകങ്ങൾ കരഞ്ഞുകൊണ്ട് ദൈവസെല്ലാം ആ പ്രാർത്ഥന അർത്ഥവത്തായ പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥനയായിരുന്നു അത് വെറുതെ ചടങ്ങിലുള്ളൊരു പ്രാർത്ഥനയല്ല വേറെ ഗതിയില്ലാതെ ഗതിമുട്ടിയുള്ള പ്രാർത്ഥനയാണ് എല്ലാ വഴിയടഞ്ഞുള്ള പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ആ പ്രാർത്ഥന ആ സമയം മുഴുവൻ പ്രാർത്ഥനയിൽ നിരതനായിയാക്കോ ഇരുന്നു സമയം മുന്നോട്ട് പോയി സഹോദരൻ അവരെ എല്ലാം നശിപ്പിച്ചതിനുശേഷം ഇപ്പുറത്തേക്ക് കടന്നു വരുമ്പോഴേക്കും എനിക്ക് ഓടി രക്ഷപ്പെടാമെന്നുള്ള ഒരു ചെറിയ പിടി ഉള്ളിൽ വെച്ചുകൊണ്ടാണ് യാക്കോവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് ഉള്ളെഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും സ്വന്തം ശക്തിയിൽ ഒരു ഊന്നലുണ്ട് എന്നാലെനിക്ക് ഓടി രക്ഷപ്പെടാമല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഓടി രക്ഷപ്പെടാം ഈ ഒരു ചിന്ത യാക്കോവിന്റെ മനസ്സിലുണ്ട് സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം ാർത്ഥിക്കുന്നുണ്ട് നമസ്കാരങ്ങളുണ്ട് നമുക്ക് ആരാധനകളുണ്ട് പക്ഷേ നമുക്ക് നമ്മുടേതായ ചില സ്വയങ്ങളുണ്ട് നമ്മുടേതായ ചില സ്വന്തം കഴിവുകളുണ്ട് സ്വന്തം താൽപര്യങ്ങളുണ്ട് നമുക്ക് സ്വന്തമായി ചിലതെല്ലാം സാധിക്കുമെന്നുള്ള ചില തോന്നലുകളുണ്ട് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല കർത്താവിന് വിലയേറിയ ദാസനില് മുമ്പ് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തി അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ലോകം ക്രൂശിക്കപ്പെട്ടു ജഡം ക്രൂശിക്കപ്പെട്ടു ഞാൻ സ്വയം ക്രൂശിക്കപ്പെട്ടു ശരിയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനൊരു അനുഭവം ഉണ്ട് ആ അനുഭവത്തിലേക്ക് യാക്കോവ് വന്നിട്ടില്ല ആ ശ്രേഷ്ഠമായ ഉന്നതമായ അനുഭവത്തിലേക്ക് യാക്കോവ് വന്നിട്ടില്ല യാക്കോവ് യാക്കങ്ങളെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരങ്ങളെ തമ്മിൽ പലരും അങ്ങനെയാണ് ചിലതെല്ലാം നമ്മുടെ കൈവശമുണ്ട് ഇപ്പോഴും ചില കരുത്തുകൾ നമ്മുടെ കൈവശമുണ്ട് ചില പ്രാപ്തികൾ നമ്മുടെ കൈവശമുണ്ട് ചില കാര്യങ്ങളിൽ നോക്ക് ചില ആശ്രയങ്ങളുണ്ട് എന്നാലും പേടിക്കാനില്ല ഞാനത് എന്നാലും ഭയപ്പെടാനില്ല എനിക്ക് ഇന്നിന്ന കഴിവുകളുണ്ടല്ലോ ഇന്നിന്ന സാഹചര്യങ്ങളുണ്ടല്ലോ ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം നമുക്ക് സ്വന്തമായ ചില കഴിവുകളുണ്ട് സ്വന്തമായ ചില പ്രാപ്തികളുണ്ട് അന്ന് ജീവനുള്ള ദൈവം യാവിന്റെ പ്രാർത്ഥനയായിട്ട് യാ ബോക്ക് കടവെങ്കിൽ ഇറങ്ങിവന്നു നാം വായിക്കുന്നത് അങ്ങനെയാണ് ഒരു ഇരുപത്തിനാലാം വാക്യം അപ്പോൾ ഒരു പുരുഷൻ ഉഷസാഹുവോളം അവനോട് മല്ലു ഒരു പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു കേവലം ദൈവദൂതനല്ല വേദവ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ ഒരു പുരുഷനെന്ന് പറയുന്നത് ത്രിത്വത്തിൽ രണ്ടാമനായ ക്രിസ്തുവാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൽ ത്രിത്വത്തിൽ രണ്ടാമനായ ക്രിസ്തുവാണ് അന്ന് രാത്രി ഈ യാക്കോവിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത് നേരം പുലരുന്നവരെയും യാക്കോവിനോട് റസിൽ ചെയ്യുകയാണ് യാക്കോവിനോട് മല്ലുപിടിക്കുകയാണ് എന്താണ് മല്ലുപിടിക്കുന്നത് യാക്കോവിന്റെ ശക്തി മുഴുവനും ക്ഷയിക്കണം യാക്കോവിന്റെ സ്വന്തം കരുത്ത് മുഴുവൻ ക്ഷയിക്കണം എങ്കിലേ യാക്കോവിനെ അനുഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ യാക്കോവിന്റെ സ്വന്തം കരുത്ത് സമ്പൂർണമായും ക്ഷയിക്കണം സ്വന്തമായി കഴിവില്ലാതാകണം ഞാനൊരിക്കലും വായിച്ചു ഒരു ചെറുപ്പക്കാരൻ വലിയ പുഴയിലെ വെള്ളത്തിൽ പോയി വെള്ളത്തിൽ പോയി ഓരോ കരുത്തനായ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ മുങ്ങിച്ചാകാൻ പോകുന്നു കണ്ടപ്പോൾ വേഗം ദ്രുതഗതിയിൽ നീന്തി ചെന്നു ആ ചെറുപ്പക്കാരനെ പിടിക്കാനിങ്ങനെ കൈനീട്ടി പക്ഷേ പിടിച്ചില്ല അവൻ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ പിടിക്കാൻ നോക്കുന്നു അവൻ സ്വന്തമായിട്ട് പിടിക്കാൻ നോക്കുന്നു പിടിച്ചില്ല കുറെ നേരം കഴിഞ്ഞു ആ വെള്ളത്തിൽ പോയ യുവാവ് താഴാകാൻ തുടങ്ങുന്നു അവന്റെ കരുത്ത് പോയി അവന്റെ ശക്തി പോയി അവന്റെ ബലം പോയി അവനങ്ങ് താഴാകാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ സഹായിക്കാൻ ചെന്നയാള് വേഗം ചാടി പിടിച്ചു അവനെ കൈത്തണ്ടിൽ കോഴി എടുക്കുന്നതുപോലെ കോഴി എടുത്തുകൊണ്ട് നീന്തി നീന്തി കരയിലെത്തി കരയിൽ നിന്നവർ ചോദിച്ചു അതെന്താണ് ചെന്നപ്പോൾ ഉടനെ പിടിക്കാഞ്ഞത് വലയിൽ നിന്ന് കണ്ടില്ലേ ഇല്ല അന്നേരം ഞാൻ പിടിക്കാൻ നോക്കിയാൽ അവന് സ്വന്തമായി ചില ശക്തിയുണ്ട് എങ്ങനെയെങ്കിൽ രക്ഷപ്പെടാനുള്ള ആർത്തിയുണ്ട് അവൻ എന്നെ പിടിക്കും എന്നെ പിടിക്കുമ്പോൾ ഞാനും അവനും രണ്ടുപേരും എല്ലത്തിൽ താഴും അവന് ശക്തി ഞാൻ കാത്തു ചെയ്തത് അവന്റെ പ്രാപ്തി ഇല്ലാതാകാൻ ഞാൻ കാത്തു നിൽക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം കരയിലുള്ളവരോട് പറഞ്ഞുപോലും ഇതൊരു സാധാരണ ഉദാഹരണമായിരിക്കാം പക്ഷെ ഒരു സത്യമുണ്ട് അതിന്റെ പിന്നിൽ നമുക്ക് സ്വന്തമായ ചില മൈറ്റ് സ്വന്തമായ ചില ശക്തിയുണ്ട് സ്വന്തമായ ചില കരുത്തുണ്ട് അത് നിശ്ശേഷം ശയിക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല നമുക്ക് സ്വന്തമായൊരു ബുദ്ധിശക്തിയുണ്ട് സ്വന്തമായൊരു പ്രാപ്തിയുണ്ട് സ്വന്തമായ ചില കഴിവുകളുണ്ട് സ്വന്തമായ ചില ചില സിദ്ധികളുണ്ട് അതെല്ലാം താഴെ വയ്ക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനെ തമ്മിൽ സമ്പൂർണമായി ആധിപത്യം പുലർത്താൻ പറ്റുകയുള്ളൂ സഹോദരങ്ങളെ യാക്കോവിനോട് ആ പുരുഷൻ മല്ലുപിടിച്ചു എന്തിനാ മല്ലുപിടിച്ചത് യാക്കോവിനെ തന്നെ തന്നെ വേണ്ടി ഈ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നാം കാണും ആദ്യം യാക്കോവ് ആ യാത്രയിൽ കടന്നുവരുമ്പോൾ ആദ്യം കണ്ടത് ദൈവത്തിന്റെ മാലാഘുമാരെയാണ് അത് മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടു പക്ഷെ അതുകൊണ്ട് രക്ഷ കിട്ടിയില്ല നമുക്ക് വായിക്കാം യാക്കോബ് തന്റെ വഴിക്ക് പോയി ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ വന്നു യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു ആ സ്ഥലത്തിന് മഹനെയും എന്ന പേരിട്ടു ദൈവത്തിന്റെ സേന തന്നെ വന്നു യാക്കോവ് ആ മാലാഹമാരെ കണ്ടു അതുകൊണ്ട് യാക്കോവിന്റെ പ്രശ്നം മാറിയില്ല ദൂതന്മാരെ കണ്ടു ഒരു കാര്യമല്ലേ മാലാഖമാർ വലിയ സൈന്യമായി വരുന്നത് കണ്ടു പക്ഷെ അതുകൊണ്ട് യാക്കോവിന്റെ പ്രശ്നം മാറിയില്ല രണ്ടാമത് നാം കാണുന്നത് യാക്കോവ് ഇവിടെ ഈ ഒരു പുരുഷനെ കാണുന്നു ആദ്യം മാലാഖമാരെ കണ്ടു രണ്ടാമത് ജീവനുള്ള ദൈവത്ത് തന്നെ കണ്ടുമുട്ടി സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിൽ ആരെല്ലാം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആരെല്ലാം നമ്മെ താങ്ങാനുണ്ടെന്ന് പറഞ്ഞാലും ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട് എനിക്കറിയാം എനിക്ക് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ യാതനകളുണ്ട് അവരവരുടേതായ വേദനകളുണ്ട് പല പല പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഇവിടെ നിങ്ങൾ ഇരുന്ന് വചനം കേൾക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളം വിങ്ങുന്നതായ ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് ചില ഭാര വിഷയങ്ങൾ നിങ്ങളെ തുറച്ചുനോക്കുന്നുണ്ട് നിങ്ങൾ നേരിടേണ്ടതായ ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് പ്രയാസവും ക്ലേശവും വരുത്തുന്നതായ ചില കാര്യങ്ങൾ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ വ്യക്തിപരമായ ചില ആഗ്രഹങ്ങൾ വ്യക്തിപരമായ ചില ഭാരവിഷയങ്ങൾ ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെയും രാവിലെയും ഞാൻ ദൈവത്തിൽ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുപോയി അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിനെന്ന് കർത്താവിന്റെ വചനം പറയുന്നു കർത്താവെ ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു എന്റെ ചിന്താകുലങ്ങൾ നിന്റെ മേൽ ഞാൻ ഏൽപ്പിക്കുകയാണ് എനിക്കുമുണ്ട് ചിന്താകുലങ്ങൾ എനിക്കുമുണ്ട് ഭാരങ്ങൾ പ്രിയപ്പെട്ടവരെ എനിക്കുമുണ്ട് ആവലാധികൾ എന്റെ രോഗം മാത്രമല്ല വേറെയുമുണ്ട് അനേകമനേകം പ്രശ്നങ്ങൾ ദൈവത്തിന് സ്തോത്രം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ നിന്റെ വദനെനിക്ക് ആ വാക്യം കാണാതറിയാം പക്ഷെ അതുകൊണ്ട് എന്റെ പ്രശ്നം മാറുന്നില്ലല്ലോ ആ വാക്യത്തിൽ ഞാൻ മുറുക പിടിച്ചുകൊണ്ട് ഞാൻ നിന്റെ കരുണയ്ക്കായി യാചിക്കുന്നു സകലവും എന്റെ ഭാരങ്ങളെല്ലാം ഞാൻ നിന്നെ തിരുവിൻപാകെ കൊണ്ടുവരുന്നു ഒരു പരിഹാരം നീ തരികയില്ലയോ ഒരു പോംവടി നീ തരികയില്ലയോ എന്നെ നീ ഒന്ന് താങ്ങുകയില്ലയോ എന്നെ നീ സഹായിക്കുകയില്ലയോ ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ വേദവാക്യങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ പറയും പറഞ്ഞു ഓരോന്ന് പറഞ്ഞു അറിയാവുന്ന വാക്യങ്ങൾ പറഞ്ഞു നിന്റെ ഭാരം ഈ അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളെ സമ്മതിക്കുകയില്ല വരുമ്പോൾ ആ വാക്യം പറയുമ്പോഴല്ല മനസ്സിൽ ഉടക്കും എന്താണെന്നോ നീതിമാനിലെ ഭാരങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നത് നീതിമാനലിലെ കുലുങ്ങിപ്പോ കാന്തയും സമ്മതിക്കാത്തത് ഞാനൊരു പൂർണ്ണ നീതിമാനായില്ലോ ഞാൻ പൂർണ്ണമായൊരു നീതിമാനായില്ലോ ഇന്ന് മാത്രമല്ല ചിന്തിച്ചത് ആ വാക്കി എപ്പോഴെല്ലാം പറയുമോ അപ്പോഴെല്ലാം ഞാൻ പയ്യൊന്ന് ഒന്ന് ചുരുങ്ങും ഒന്ന് ചുരുളും കർത്താവേ എന്നെ നീ ഇപ്പോഴൊരു നീതിമാനാക്കണമേ പൂർണ്ണ നീതിമാനാക്കണമേ എനിക്ക് സ്വന്തം നിലയിൽ നീതിമാനാകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നിന്റെ നീതി വിന്വസ്ത്രീ അങ്ങോട്ട് പുതപ്പിക്കണമേ നിന്റെ നീതി വിന്വസ്ത്രത്താൽ നീ എന്നെ മൂടണമേ ഞാനിങ്ങനെയെല്ലാം ബാലിശമെന്ന് തോന്നാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കും സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ ഇന്ന് രാത്രി നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ചില ഭീതി വിഷയങ്ങളിൽ മനസ്സ് തങ്ങി നിൽക്കുന്നവരാരെല്ലാം ഉണ്ട് ചില ഭാരവിഷയങ്ങളിൽ ഉള്ളം പൊള്ളിക്കൊണ്ടിരിക്കുന്നവരാരെല്ലാം ചില വേദനാ വിഷയങ്ങളിൽ ഉള്ളം ഞരങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാരെല്ലാം കുടുംബത്തിലെ ചില ക്ലേശങ്ങളായിരിക്കാം രോഗത്തിന്റെ അവലാതി ആയിരിക്കാം പണത്തിന്റെ ചില ക്ലേശങ്ങളോ പണത്തിന്റെ ചില ഞെരുക്കങ്ങളോ ആയിരിക്കാം മക്കളെക്കുറിച്ചുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ചുള്ളതായ ചില വേദനാകാര്യങ്ങളായിരിക്കാം അല്ല ഭാര്യയെക്കുറിച്ചുള്ളതായ ചില ഭാര വിഷയങ്ങളായിരിക്കാം ഈ എന്താണ് എന്താണ് പലതുമുണ്ട് നമുക്ക് ഓർക്കാൻ പലതുകൊണ്ട് നമുക്ക് വേദനിക്കാൻ നിങ്ങളുടെ പരീക്ഷ റിസൾട്ടിനെക്കുറിച്ചുള്ള ആവലാതി ആയിരിക്കാം എങ്ങനെയാണാവോ റിസൾട്ട് വരുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആംഗൈറ്റി നിങ്ങളുടെ ഉള്ളിലെ ഉത്കണ്ഠയായിരിക്കാം ആശങ്കയായിരിക്കാം ദൈവജനമേഞ്ഞ് ഞങ്ങൾ പറയട്ടെ എല്ലാം എല്ലാം കുരിശിൻ ചൂട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കാം എല്ലാം ആ കുരിശിൻ ചൂട്ടിൽ കൊണ്ടുവന്ന് അവിടെ താഴ്ത്തി വെക്കാം ഒന്നും നിങ്ങൾ ഇനി ചുവന്നുകൊണ്ടിരിക്കേണ്ട ചുമക്കൊരാളുണ്ട് ദൈവത്തിന് സ്തോത്രം ഞാൻ വായിച്ചു ഒരാൾ ആ കാറെല്ലാം പുതിയ കാറുകൾ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്ന കാലത്താണ് അമേരിക്കയിൽ ഒരാളൊരു കാർ വാങ്ങിച്ചു ഒരു ഫോർഡ് കാറ് ആ നല്ല കാറ് അത് അദ്ദേഹം ഓടിച്ചുകൊണ്ട് അമേരിക്കയിലൊരു തെരുവിൽ കൂടി ഇങ്ങനെ പോവുകയായിരുന്നു പെട്ടെന്നാണ് കാറ് ഓടാതായത് കാറ് നിലച്ചുപോയി നിന്നുപോയി അദ്ദേഹം കാറ് തുറന്നു അതിന്റെ ബോണറ്റ് തുറന്നു നോക്കി ഒന്നും പിടികിട്ടുന്നില്ല അതിന് വലിയ നിശ്ചയം ഇട്ടില്ല അദ്ദേഹം കുറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മുട്ടിനോക്കി എന്തെല്ലാമോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പുതിയ വണ്ടിയാണ് എന്തായിരിക്കും എന്റെ കുഴപ്പം അതിനെന്തുകൊണ്ട് വണ്ടി ഓടുന്നില്ല ഒന്നും മനസ്സിലായില്ല അമേരിക്കയിൽ പ്രത്യേകിച്ചും അങ്ങനെ റോഡെരിയയിൽ നിന്നാലൊന്നും വേറെ ആളുകളാരും നടന്നു പോകുന്നത് കാണില്ല ആളുകളാരും നടന്നു പോകുന്നില്ല എല്ലാവരും വാഹനത്തിലാണ് പ്രിയപ്പെട്ടവരെ ഓരോരോ വാഹനങ്ങൾ കടന്നുപോകും ഇദ്ദേഹം വളരെ സങ്കടത്തോടെ നോക്കി നിൽക്കും അദ്ദേഹം അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് അപ്പോൾ ആ കാറിന്റെ ബോണിങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു അപ്പോഴുണ്ട് വേറൊരാളൊരു പ്രായമുള്ള ഒരാൾ കാർ ഓടിച്ചു വരുന്നു ഈ മനുഷ്യനിങ്ങനെ വിഷണ്ണനായി നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കാറ് അദ്ദേഹത്തിന്റെ കാറ് റോഡരിയിൽ ഒരു ഭാഗത്തേക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം വന്ന് ചോദിച്ചു എന്താ പ്രശ്നം അദ്ദേഹം പറഞ്ഞു പുതിയ വണ്ടിയാണ് എന്താ പ്രശ്നം എന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പാടില്ല സഹായിക്കാൻ ആരുമില്ല വണ്ടി നീങ്ങുന്നില്ല അദ്ദേഹം അതിനകത്ത് ചിലതൊക്കെ നോക്കി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹം ഒരു ഭാഗത്ത് പയ്യ തൊട്ട് എന്തോ ചെയ്തു വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു വണ്ടി ഓടുന്നു അദ്ദേഹം വണ്ടിയിൽ നിറങ്ങിയിട്ട് ഇദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് കൂപ്പ് നിന്നു സാർ അത് ക്ഷമിക്കണം അങ്ങ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നന്നാക്കി ഉടനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാർഡ് കൊടുത്തു അഡ്രസ് കാർഡ് കൊടുത്തു നോക്കിയപ്പോൾ ഫോഡ് ഈ കാറെല്ലാം രൂപകൽപ്പന ചെയ്ത ആ വലിയ കാറുകളുടെ ഉടമസ്ഥനാണ് ആ ഫാക്ടറിയുടെ ഉടമയാണ് ഈ ഫോഡെന്ന് പറയുന്നയാള് അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ കാറ് രൂപകൽപ്പന ചെയ്തത് ഇതിന്റെ മെക്കാനിസം എല്ലാം ഞാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കറിയാം ഇതിന് കേടുവരാവുന്നത് എവിടെയാണ് എന്ന് അതുകൊണ്ട് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റി ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ നാം നിസ്സഹായരായി നിൽക്കുമ്പോൾ എല്ലാം അറിയുന്നവനായ ക്രിസ്തു നമ്മുടെ ഒരുകത്തേക്ക് അടുത്തു വരുമെന്ന് നാം സങ്കല്പിക്കൂ അങ്ങനെ ഭാവനയിലൊന്ന് കാണൂ അങ്ങനെ നിങ്ങളൊന്ന് ധ്യാനിക്കൂ ഞാൻ നിസ്സഹായനാണ് കർത്താവെ എനിക്ക് സ്വന്തമായി സാധിക്കുന്നില്ല കർത്താവെ എന്നോട് നീയൊന്നും അനുസരിക്കണം എനിക്കിതിൽ നിന്നൊരു കരയറ്റം നീ തരണം ഈ വിഷമസന്ധിയിൽ നിന്ന് എനിക്കൊരു പോം വഴി നീ തരണം എന്നെ നീ ഒന്ന് രക്ഷിച്ചേ പറ്റൂ നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ് നിങ്ങൾ വരും എല്ലാം അറിയുന്നവൻ എല്ലാം നിർമ്മിച്ചവൻ സകലത്തിന്റെ ഉടമയായവൻ അവൻ നിങ്ങൾ അരികത്ത് വന്ന് അവൻ നിങ്ങളുടെ കേട് പൊക്കിത്തരും അവൻ നിങ്ങളുടെ പ്രശ്നം മാറ്റിത്തരും സത്യമാണ് പ്രിയരെ അനേകം അനേകം അനുഭവങ്ങൾ എന്റെ ഈ നിസ്സാര ജീവിതത്തിനുള്ളിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അനേകം അനുഭവങ്ങൾ ക്രിസ്തുവിനെ അടുത്തറിയാൻ കിട്ടുന്ന അനുഭവങ്ങൾ ക്രിസ്തുവാസ്തവമായി പ്രാർത്ഥന കേൾക്കുന്നുള്ളതായി ഉറപ്പുള്ള അനുഭവങ്ങൾ എല്ലാ കണ്ണു മിങ്ങുകേരും ഒപ്പുന്നതായ ക്രിസ്തുവിനെ എനിക്ക് അനുഭവിക്കാൻ കിട്ടിയ സന്ദർഭങ്ങൾ ആരാ ആളുകൾ തെറ്റിദ്ധരിച്ച അവസരങ്ങളുണ്ട് ആളുകൾ എന്നെ വെറുക്കുകയും ചെറുക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് പലരും എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരുത്തിയ അനുഭവങ്ങളുണ്ട് അപ്പോഴെല്ലാം എനിക്ക് താങ്ങും തണ്ണലുമായി നിന്നത് കർത്താവ യേശു ക്രിസ്തുവിന്റെ കരങ്ങളാണ് എന്നിവൻ തലോടിയിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുമോ എനിക്കറിഞ്ഞുകൂടാ എന്നിവൻ തലോടിയിട്ടുണ്ട് അക്ഷരീയമായ അരികത്തവൻ വന്ന് ഇരുന്നിട്ടുണ്ട് ഞാൻ ഏകലടിച്ചു കരയുമ്പോൾ അവന്റെ പുറം തലോടി തന്നിട്ടുണ്ട് ഞാൻ കരയുമ്പോൾ എന്റെ കണുനീരവൻ തുടച്ചു തന്നിട്ടുണ്ട് ഇതെല്ലാം വെറും അനുഭവങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഞാനത് ദിനംപ്രതി ഇന്ന് അനുഭവിക്കുന്നു കൂടുതൽ അനുഭവിക്കുന്നു കാരണം ഇന്നെനിക്ക് ശരീരത്തിന് രോഗമാണ് ശരീരത്തിന് പ്രയാസമുണ്ട് പലതരത്തിലുള്ളതായ രോഗങ്ങളുണ്ട് പക്ഷേ എനിക്കറിയാം എന്റെ രോഗങ്ങൾ അതിനേക്കാൾ കൂടുതൽ എന്റെ മേൽ ക്രമപകരുന്ന സാന്നിധ്യം ഞാനിന്ന് അറിയുന്നു ദൈവത്തിന് സ്തോത്രം ഏതെല്ലാം പ്രതിസന്ധികളൊന്നെങ്കിലും അതിന്റെ മുമ്പിലെല്ലാം പതാക നിൽക്കാൻ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഡോക്ടർ കെ ടി പറഞ്ഞു അടുത്ത ഞായറാഴ്ച കോഴഞ്ചേരിയിലെ മർദ്ദോഹപ്പള്ളിയിൽ ഞാൻ പ്രസംഗിക്കേണ്ടതാണ് എന്ന് ഡോക്ടർ സാം ഇന്ന് പൊയ്യാരി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സാം എബ്രഹാംസാം അക്കാര്യം പറഞ്ഞു അവിടെ ഒരു മീറ്റിംഗ് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ എന്നാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്ന് പക്ഷേ കരുണയുള്ള കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ് കർത്താവെ പോകാനിടയായാൽ നിനക്ക് സ്തോത്രം പോകാനിടയായില്ലെങ്കിലും നിനക്ക് സ്തോത്രം കാരണം എല്ലാം നിയന്ത്രിക്കുന്നവന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന്റെ വലിയ നാമം വഹുത്തുപെടട്ടെ ഇന്നും എഴുന്നിരെന്ന് പ്രസംഗിക്കാൻ എനിക്കിടയായതൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഡോക്ടറിനോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത് സാറ് ഇരുന്ന് സംസാരിച്ചാൽ പോരേ എന്നാണ് ചോദിച്ചിരുന്നത് പക്ഷേ പകൽ അതുകൊണ്ട് ബൈബിൾ ക്ലാസ്സിന് ഇരുന്ന് സംസാരിച്ചു എന്നാൽ രാത്രി എനിക്ക് എഴുന്നിരുന്ന് പറയണമെന്ന് എനിക്കൊരാഗ്രഹം ദൈവത്തിന്റെ സ്ത്രോത്രം എന്റെ ഈ ചെറിയ ആശ കർത്താവ് സാധിപ്പിച്ചു തരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിന്ന് ദൈവത്തിന്റെ വചനം പറയാൻ എനിക്ക് കർത്താവ് കൃപ തന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ സമാധാനത്തോടെ നിൽക്കുകയാണ് എന്റെ വേദന കാണുന്നൊരു ദൈവമുണ്ട് എന്റെ കണ്ണ് തീരുമാനിക്കുന്നൊരു ദൈവമുണ്ട് എന്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കുന്നൊരു ദൈവമുണ്ട് എന്റെ ഭാരങ്ങൾ കാണുന്നൊരു ദൈവമുണ്ട് അത്യുന്നതനെയാണ് ഞാൻ ആശ്രയിച്ച് നിൽക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഞാൻ തികഞ്ഞവനായില്ല ഞാൻ പൂർണ്ണ വീതിമാനായില്ല ഞാൻ പൂർണ്ണ വിശുദ്ധനായില്ല എന്നാൽ എനിക്കൊരു കാര്യം പിടികിട്ടി വിശുദ്ധിയുടെ പാതയിൽ അവനെന്നെ കൊണ്ടുവന്ന് നിർത്തി അവൻ നല്ലൊരു പ്രവൃത്തി എന്നാലിൽ ആരംഭിച്ചു ദൈവത്തെ സ്ത്രോധം പ്രിയ സഹോദരി ഈ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോട് ഞാൻ വളരെ എളിമയോടെ പറയട്ടെ നിങ്ങളൊരു നല്ല പ്രവൃത്തിയാണ് കർത്താവ് ആരംഭിച്ചിരിക്കുന്നത് വചനം കേൾക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ നിങ്ങളുടെ നെടുവീർപ്പുകളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ഭാരങ്ങളും പേറി യേശുക്രിസ്തന്റെ പാതപിടുത്തിലേക്ക് വരാൻ നിങ്ങൾ കഴിഞ്ഞല്ലോ നന്നായി ജീവനുള്ള ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എനിക്ക് ആവർത്തിച്ച് പറയാൻ താൽപര്യമാണ് യേശുക്രിസ്തു നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നു യേശുക്രിസ്തു നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു ലോകത്ത് നിങ്ങളെ സ്നേഹിക്കാൻ ആര് നിങ്ങളെ കരുതുന്നില്ലായിരിക്കാം ആര് നിങ്ങളെ ഗൗനിക്കുന്നില്ലായിരിക്കാം ആർക്കും നിങ്ങളെ കുറിച്ച് പരിഗണന പ്രിയപ്പെട്ടവരെ സ്വന്തം വീട്ടിൽ പോലും നിങ്ങൾ വിലകെട്ടവരായിരിക്കാം എന്നാൽ ഈ രാത്രി സ്നേഹത്തോട് അറിയിക്കട്ടെ നിങ്ങൾക്കെല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരാനും നിങ്ങളെ അനുഗ്രഹിച്ച് ആശ്രയിച്ച് പറഞ്ഞു യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട് അവൻ നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണീർ കയങ്ങളെ ആനന്ദ മാറ്റിത്തരും പ്രിയപ്പെട്ടവരെ സമാധാനം നിങ്ങൾക്ക് ും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരും നിങ്ങളുടെ ഏങ്ങലടികൾ അവൻ ഏറ്റെടുക്കും നിങ്ങളുടെ നെടുവീർപ്പുകൾ അവൻ ഏറ്റെടുക്കും അവൻ നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പൊറത്ത് തരും നിങ്ങളുടെ ഭാരങ്ങൾ അവൻ മാറ്റിത്തരും ഞാനത് വിശ്വസിക്കുന്നു ഞാനത് അനുഭവിക്കുന്നു എല്ലാ ചുമടും ഏൽപ്പിച്ചു കൊടുത്താൽ എല്ലാം ചുമക്കാവുന്നവൻ നിൽക്കുന്നു മോനെ നീ എന് തനിയെ ചുമക്കുന്നു ഞാൻ അടുത്തുണ്ടല്ലോ എന്നു പറയുന്നു എന്റെ ചുമലിലേക്ക് നീ വെച്ചു തരൂ ഗൂഗിൾ പായിലേക്ക് പേറി ഞാൻ പോയതല്ലേ കുരിശു ഭാരമേറിയ മരക്കുരിശും പേറി ഞാൻ പോയതിന് ോ കുഞ്ഞെ നീ എന്തിനു തനിയെ ചുമക്കുന്നു ഞാനല്ലയോ കൊഴിച്ച് വന്നത് നിന്റെ ഭാരങ്ങൾ ഞാൻ ഏറ്റെടുക്കാൻ ഞാൻ മനസ്സിനെയുള്ളവനാണ് നീ വിശ്വസിക്കൂ നിന്റെ പാവങ്ങൾ ഞാൻ ഏറ്റെടുക്കാം എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ നിന്റെ ജീവിതത്തിൽ പല തെറ്റുകൾ നിനക്ക് സംഭവിച്ചിട്ടുണ്ട് പല കെടുതികൾ നിനക്ക് വന്നു പോയിട്ടുണ്ട് പുറത്തു പറയുന്ന ലജ്ജാകരമായ പാവങ്ങളിൽ നീ വീണിട്ടുണ്ട് എന്നാൽ മോനെ നിന്നെ വിടുവിക്കാൻ ഞാനുണ്ട് നിന്റെ പാവം നോക്കി നിന്നെ കഴുകാൻ യേശുക്രിസ്തുവിൻ രക്തമുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത് ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ ം നിങ്ങളോട് ഗുണകരമായി സംസാരിച്ചു കൊണ്ടു നിൽക്കുകയാണ് യേശുവിന്റെ ആത്മാവ് അവരോട് നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹം തരാനാണ് യേശു വന്നത് അനുഗ്രഹിക്കാനാണ് യേശു വന്നത് അനുഗ്രഹം കൂടിയേ കഴിയൂ എന്നുള്ളവർക്ക് അനുഗ്രഹം വിടാനാണ് യേശു വന്നത് സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിന്റെ വിധാതാവ് നിങ്ങളെ തേടി വന്നുകൊണ്ട് ഈ രാത്രി നിങ്ങൾ സന്ദർശിക്കുകയാണ് അവന്റെ കരുണയുള്ള കാര്യം നിങ്ങളുടെ മേൽ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളുടെ ഭാരവിഷയങ്ങൾ അവനോട് പറയൂ അവൻ നിങ്ങളെ തൊടങ്ങോ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളെ ആനന്ദിപ്പിക്കും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ആ ആനന്ദധൈര്യം കൊണ്ട് അഭിഷേകം തരും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദൈവത്തെ മുഹത്ത്പ്പെടുത്തേണ്ടോ ദൈവത്തിന്റെ സ്തോത്രം യാക്കോവ് യാക്കോവ് ഇങ്ങനെ ഈ പുരുഷൻ വന്ന് യാക്കോറിനോട് മല്ലുപിടിച്ചപ്പോൾ യാക്കോവിന്റെ ഉള്ളിൽ ഒരു ചിന്ത എന്നാലും പേടിക്കാനൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല സാക്ഷാൽ ദൈവമാണ് വന്ന് മല്ലുപിടിച്ചതെന്ന് യാക്കോവിന് മനസ്സിലായില്ല എന്നാൽ ദൈവം യാക്കോവിനെ വെളിപ്പെടുകയാണ് ചെയ്തത് സാക്ഷാൽ ജീവനുള്ള ദൈവം യാക്കോവിനുമ്പിൽ ഉൾപ്പെടുകയാണ് ചെയ്തത് അപ്പോഴുണ്ട് യാക്കോവിന്റെ ഒരു ആശ്രയം ഒരു സ്വയത്തിന്റെ ആശ്രയം ദൈവത്തിന് സ്തോത്രം യാക്കോവ് ആ മല്ലുപിടുത്തത്തിൽ യാക്കോവ് വലഞ്ഞു എന്നെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല അനുഗ്രഹിക്കണമെന്നാണ് പറയുന്നത് പക്ഷെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല യേശുക്രിസ്തു വന്നിട്ടുണ്ട് ക്രിസ്തുവിൻ അനുഗ്രഹിക്കണമെന്നുണ്ട് അനുഗ്രഹം തരാൻ തന്നെയാണ് വന്നത് പക്ഷെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല അനേകർക്കും അങ്ങനെയാണ് സ്നേഹിതരെ നിങ്ങളെ അനുഗ്രഹിക്കാൻ കർത്താവിന് ആശയമുണ്ട് െ എല്ലാവരെയും അനുഗ്രഹിച്ചു ദൈവം വിളിച്ചത് അതിനാണ് ഈ കൺവെൻഷൻ ക്രമീകരിച്ചത് വേറെ ലക്ഷ്യമില്ലല്ലോ എന്റെ സഹോദരൻ അത് പറഞ്ഞല്ലോ സഭ മാറില്ല മാറ്റണ്ട ആ ഉദ്ദേശമില്ല ഒരു പുതിയ സഭ തുടങ്ങണ്ട ആ ഉദ്ദേശമില്ല കുറച്ച് രൂപ സമ്പാദിക്കേണ്ട ആ ഉദ്ദേശമില്ല എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമവും മഹത്വപ്പെടട്ടെ എന്റെ കർത്താവിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്റെ ദൈവത്തിന്റെ വലിയ നാമവും മഹത്വപ്പെടട്ടെ വീണ്ടും പറയട്ടെ സഹോദരങ്ങളെ ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങാൻ ഉദ്ദേശമില്ല ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശമില്ല എന്റെ ദൈവമേ എന്നാൽ ഒരു ഉദ്ദേശമുണ്ട് എന്റെ കർത്താവെ ജീവനുള്ള ക്രിസ്തുവിനെ ഈ ലോകത്തിനൊന്ന് കാണിച്ചു കൊടുക്കണം അത് ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം അത് വാക്കുകളിൽ കൂടി മാത്രമല്ല പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കണം സ്വന്തം ജീവിതത്തിൽ കൂടി യേശു ആരാണെന്ന് ലോകത്തിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നിട്ടോ ഈ പാവപ്പെട്ട ജനം എട്ടുംപൊട്ടുതിരിയാത്ത ജനം എന്താണ് ഏതാണ് സ്വർഗമേത് നരകമേത് അറിയാൻ പാടില്ലാത്ത പാവപ്പെട്ട ജനത്തെ സുഖതിരത്തേക്ക് ക്രിസ് നയിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം അത്രയേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ നയിക്കുന്നത് ഞങ്ങളല്ല നയിക്കുന്നത് ക്രിസ്തുവാണ് എന്നാൽ ക്രിസ്തു ജനത്തെ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തേക്ക് നയിക്കുന്നത് കാണുമ്പോൾ അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തിന് മഹത്വം കരേറ്റണം ആരാധനയുടെ സൗകുമാര്യം അനുഭവിക്കണം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ യത്നിക്കുന്നത് രാവിലെ ഇതിന്റെ വിത്തു വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത് ദൈവത്തിന്റെ സ്തോത്രം ഒരുമിച്ചൊന്ന് പാടാം കാലമെല്ലാം കഴിയൂ ഇന്നോ കാൺല്ല കഴിയൂ ാക്കോവിനോട് നേരിട്ട് ഒരു പുരുഷൻ വന്ന് മല്ലു പിടിച്ചു യാക്കോവിനെ ജയിക്കില്ല എന്ന് മനസ്സിലായി യാക്കോവിന് ജയിക്കാൻ പറ്റുന്നില്ല അതെന്താണ് യാക്കോവിനല്ല യാക്കോവിനെ യാക്കോവിനെ ജയിക്കുക ടു വിൻ ജയിക്കം യാക്കോവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം അവന്റെ സ്വയത്തെ തകർക്കുക അവന്റെ സ്വന്തമായ ധാരണകളെ തകർക്കുക സ്വന്തമായ കരുത്തിനെ തകർക്കുക അപ്പോൾ അറ്റ കൈ ഈ ദൈവപുരുഷൻ ഒരു കാര്യം ചെയ്തു ആ പുരുഷൻ ഒരു കാര്യം ചെയ്തു യാക്കോവിന്റെ തുടയുടെ തടത്തിൽ തൊട്ടു അറ്റകൈ അത് ചെയ്യേണ്ടി വന്നു തുടയുടെ തടത്തിൽ തൊട്ടു തുടയുടെ തടത്തിൽ യാക്കോവിന്റെ തുടയുടെ തടത്തിൽ തൊട്ടപ്പോൾ യാക്കോവിന് ഉളുക്കു വെച്ചിപ്പോയി ഇനിയിപ്പോൾ വേറെ ഗതിയില്ല ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല കരുത്തുപോയി തുടയുടെ തടത്തിൽ ഉളുക്കുവെച്ചി കോഴി രക്ഷപ്പെടാൻ സാധ്യമല്ല യേശാവ് വന്നാൽ പിടികൂടും അങ്ങനെ പിടിവിട്ടു എന്ന് കണ്ടപ്പോൾ ഇതുവരെ ഇങ്ങോട്ട് കയറി പിടിച്ച പുരുഷനെ യാക്കോ അങ്ങോട്ട് കയറി പിടിച്ചു ഇനി നീ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല ഇതുവരെ പിടിച്ചു ഇതുവരെ യാചിച്ചു ഇതുവരെ പ്രാർത്ഥിച്ചു അതുപോലല്ല ഇനി നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല യാക്കോവിന് ഉളുക്ക് പറ്റിപ്പോയി യാക്കോവിന് മുടന്നു വറ്റിപ്പോയി എന്റെ സഹോദരങ്ങളെ ആദ്യത്തെ ദിവസം മുതൽ ഞാൻ പറഞ്ഞുവരുന്ന വിഷയം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ചില ഉളുക്കുകൾ വരും നല്ലതാണ് ചില രോഗങ്ങൾ വരും നല്ലതാണ് ചില ആപത്തുകൾ വരും നല്ലതാണ് ചില വിയോഗങ്ങളോ വേറെപാടുകളോ വിരഹങ്ങളോ വരും നല്ലതാണ് ചില കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വരും നല്ലതാണ് ദൈവത്തിന് സ്തോത്രം ഞാൻ യോബിന്റെ കാര്യം പറഞ്ഞു യോസെഫിന്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ യാക്കൂമിന്റെ കാര്യം പറയുകയാണ് നല്ലതാണ് ചില ഒളുക്കുകൾ പറ്റുന്നത് നല്ലതാണ് നിങ്ങളാരും അത് ഒഴിവാക്കാൻ ആഗ്രഹിക്കേണ്ട എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ അതും അനുഭവിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പണ്ട് കൂടുതൽ എനിക്ക് എന്റെ യേശുവിനെ ഇപ്പോൾ അടുത്തറിയാൻ കഴിയുന്നു അറിഞ്ഞു വന്നല്ല പറയുന്നത് കേട്ടോ ക്ഷമിക്കണം അങ്ങനെ പറയുന്നത് എന്തോ ഒരു വിക്ഷിത്വമായി പോകും എന്നാൽ അറിയാൻ തുടങ്ങുന്നു ദൈവത്തിന്റെ സ്തോത്രം ക്രിസ്തു ആരാണെന്നറിയാൻ തുടങ്ങുന്നു എന്താണ് ആത്മീയമെന്ന് ഗ്രഹിക്കാനങ്ങ് തുടങ്ങുന്നു ആത്മീയ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതിൽക്കാനുള്ള ക്രമ ലഭിക്കുന്നു ദൈവത്തിന് സ്തോത്രം എന്റെ ദൈവമേ എന്തോ ഒരു മുഖാഭാഗ്യം ഞാനെന്ന് പറയും ഞാൻ ഏതാനെന്ന ആളുകൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കേണ്ടി വന്നത് എന്ത് നന്നായി എന്നാ ഞാനിപ്പോൾ പറയും ദൈവത്തിന്റെ സ്തോത്രം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എത്രയോ രാത്രികളിൽ ഞാനങ്ങനെ ഉറക്കം വരാതെ കിടക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ വേദവാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് കിടന്നതാണ് ഞാൻ ഓർക്കുന്നുണ്ട് വേദവാക്യങ്ങൾ കാണാതറിയാവുന്ന വാക്യങ്ങളെല്ലാം എങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ കാണാതെ പറയും ദൈവത്തിന് സ്തോത്രം എന്തോ ഒരു ദൈവ സാന്നിധ്യമാണ് കിട്ടിയത് എന്തോ ഒരു സൗകര്യമാണ് കിട്ടിയത് ഇന്നും ആ സൗകര്യവും സാന്നിധ്യവും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങോട്ട് പറയട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹൂത്ത്പ്പെടട്ടെ അന്ന് യാക്കോവിന്റെ തൊടെ ഇടതടം തൊട്ടു നന്നായി ഒരു ഉളുക്ക് പറ്റി നന്നായി ഒരു മുടന്തു പറ്റി നന്നായി യാക്കോ ഇപ്പോൾ തിരികെ കയറി പിടിച്ചു നോക്കുനോക്കാം വായിക്കാം ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുണയുടെ തടം തൊട്ടു ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോവിന്റെ തുണയുടെ തടം ഉളുക്കിപ്പോയി എന്നെ വിടുക ഉഷസ്ത ഉദിക്കുന്നതല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഇനി എനിക്ക് വേറെ പോകുമ്പം വഴിയില്ല ഓടി രക്ഷപ്പെടാൻ പോലും കഴിവില്ലാതായി ഇനി നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോവ് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ പുരുഷൻ ചോദിച്ചു നിന്റെ പേരെന്ത് നിന്റെ പേരെന്ത് യാക്കോവ് തന്നെത്താൻ കാണാൻ തുടങ്ങുകയാണ് ആദ്യം ദൂതന്മാരെ കണ്ടു ദൂതന്മാരുടെ സേനയെ കണ്ടു പിന്നീട് സാക്ഷാൽ ദൈവത്തെ തന്നെ കണ്ടു ഇനിയിപ്പോൾ തന്നെത്താൻ കാണുകയാണ് ഞാൻ ആരാണ് നീ ആരാണ് നിന്റെ പേരെന്ത് ചോദിച്ചു യാക്കോവ് പറഞ്ഞു യാക്കോവിന് കുറ്റബോധം ഒരു ഇരുപത് കൊല്ലം മുൻപ് വൃദ്ധനായ അപ്പന്റെ മുമ്പിൽ കണ്ണു അപ്പന്റെ മുമ്പിൽ ഇസ്വാക്കിന്റെ കാഴ്ചയെ മങ്ങിയ സമയത്ത് ഇസ്താക്കിന്റെ മുമ്പിൽ നിന്നു അപ്പ ഞാൻ നിന്റെ ആദിയാദിനേശാവോ എന്ന് പറഞ്ഞു സ്വന്തം അപ്പനോട് നുണ പറഞ്ഞ് കബളിപ്പിച്ചു സ്വന്തം അപ്പനോട് സൂത്രം പറഞ്ഞ് കബിളിപ്പിച്ചു കണ്ണുകാഴ്ചയില്ലാത്ത അപ്പനെ ചതിച്ച് സംസാരിച്ചു വഞ്ചിച്ച് സംസാരിച്ചു അപ്പനെ കബിളിപ്പിച്ചു തെറ്റുപെറ്റി ഈ വർഷങ്ങൾക്ക് മുൻപ് അത് തിരുത്താതെ അനുഗ്രഹം കിട്ടുകയില്ല എന്നാണ് പറഞ്ഞത് അത് നീ തിരുത്തി ഒക്കൂ മോനിയെ നിനക്ക് അനുഗ്രഹം വേണമോ നീ നിന്നെ തന്നെ കാണണം നിന്നെ തന്നെ കാണാൻ തുടങ്ങിയാൽ പലതും പലതും നിനക്ക് ഓർമ്മ വരും പഴയ കഥകൾ നിനക്ക് ഓർമ്മ വരും പണ്ട് എങ്ങനെയെല്ലാമാണ് നീ പ്രവർത്തിച്ചത് എങ്ങനെയെല്ലാമാണ് സംസാരിച്ചത് ആരോടെല്ലാം ദൈവദൂഷ്ണം പറഞ്ഞു ആരെയെല്ലാം നീ വഴിതെറ്റിച്ചു ആരെയെല്ലാം നീ തെറ്റായ വഴിയിലൂടെ സഞ്ചരിപ്പിച്ചു ഏതെല്ലാം കെണികളിൽ നീ മുഴുകിപ്പോയി ഏതെല്ലാം പൈശാലിക തന്ത്രങ്ങളിൽ നീ കുടുങ്ങിപ്പോയി ഏതെല്ലാം തരത്തിലുള്ളതായ പാവങ്ങളിൽ നീ വീണുപോയി ഓരോന്നോരോന്ന് കണ്ടെത്തിയേ പറ്റൂ ഓരോന്നോരോന്ന് കണ്ടെത്തി അനുദപിച്ചേ പറ്റൂ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പാവം മാഞ്ഞില്ല പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പാപം മാറണമെന്നില്ല എന്തുകൊണ്ട് പാവം മാറാനൊരു പോം വഴിയുള്ളൂ പാവം മാറാൻ കുഞ്ഞാടി രക്തം വരണം കുഞ്ഞാടി രക്തം വരാനൊരു പോം വഴിയുള്ളൂ മനുഷ്യൻ അനുഭവിക്കണം അവന്റെ പാപത്തെ കണ്ടനുദിക്കണം എന്റെ പേര് യാക്കോവ് എന്നവൻ പറഞ്ഞു തന്നെത്താൻ കണ്ടു ദൈവത്തെ കണ്ടാൽ തന്നെത്താൻ കാണും ദൂതന്മാരെ കണ്ടാൽ ദൈവത്തെ കണ്ടു പോര് തന്നെ താൻ കണ്ടു നിന്റെ പേരെന്ത്യാക്കോവ എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം സ്നേഹിതരെയേ നിങ്ങൾക്ക് അനുഗ്രഹം വേണമല്ലോ നിങ്ങൾക്കെല്ലാം അനുഗ്രഹം വേണമല്ലോ എസ് ഐയാ പുസ്തകം അൻപത്തിയൊൻപതാം അധ്യായം ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ വായിക്കണം എസ് ഐയാ പുസ്തകം അൻപത്തി ഒമ്പതിന്റെ ഒന്നിന് രണ്ട് വാക്യങ്ങൾ വായിക്കണം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്നമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്നമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രയേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളുടെ പാപങ്ങൾ അത്രയേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മറയ്ക്കുമാറാക്കിയത് ഹോവാ നിന്റെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ദൈവത്തിന്റെ മുഖം നിനക്ക് മറയ്ക്കുമാറാക്കിയത് പാപങ്ങൾ ഇടയ്ക്ക് നിൽക്കുന്നു അത് മാറാതെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ വരികയില്ല ദൈവത്തിന് സ്തോത്രം ഞാൻ പണ്ട് സാധാരണഗതിയിൽ പറയാറുള്ള ലളിതമായ ഉദാഹരണമുണ്ട് നമ്മുടെ പറമ്പിൽ ഒരു ഭാഗത്ത് രണ്ട് അടയ്ക്കാമര നിൽക്കുന്നു വേറൊരു ഭാഗത്ത് രണ്ട് തെങ്ങ് നിൽക്കുന്നു വേറൊരു ഭാഗത്ത് രണ്ട് വാഴ നിൽക്കുന്നു നാം വെള്ളം അത് പമ്പി ചെയ്ത് അത് നനയ്ക്കാനായിട്ട് വിടുന്നു ഇത് നോക്ക് മനസ്സിലാകും അത് അടയ്ക്കാമരത്തിന്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴുകി ചെന്നു കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഇപ്പുറത്ത് തെങ്ങിന്റെ നാം തിരിച്ചു തെങ്ങിന്റെ ചുവട്ടിലേക്ക് വെള്ളം ചെന്നു പക്ഷേ വാഴച്ചുവട്ടിലേക്ക് തിരിച്ചപ്പോൾ വാഴ ചുവട്ടിൽ വെള്ളം ചെല്ലുന്നില്ല അതെന്താണ് വെള്ളം വരുന്നുണ്ടല്ലോ വെള്ളം വരാനുള്ള ചാനലില് തോടുണ്ടാക്കിയിട്ടുണ്ടല്ലോ പിന്നെന്താണ് വാഴ ചൂട്ടിലേക്ക് വെള്ളം വരാത്തത് നോക്കി ഉടമസ്ഥം ചെന്ന് നോക്കി നോക്കിയപ്പോൾ അവിടെ ഒരു ഭാഗത്ത് അവിടെ ആ ആ വെള്ളം ഒഴുകുന്ന ആ തോടിൽ ഒരു ഭാഗത്ത് എലി കുറെ മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്നു അതുകൊണ്ട് വെള്ളം നാനാവിധമായി ഒഴുകിപ്പോകുകയാണ് അത് വാഴ തോട്ടിലേക്ക് പോകുന്നില്ല ഉടനെ നിങ്ങളൊരു കാര്യം ചെയ്തു ആ ബ്ലോക്ക് മാറ്റി ആ മാറ്റി പ്രിയപ്പെട്ടവരെ വേറെ ലളിതമായ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നിങ്ങളുടെ വീട്ടിൽ ടാപ്പുണ്ട് വെള്ളം വരാനുള്ള ചെറിയ പൈപ്പ് കണക്ഷനുണ്ട് അതിൽ നിങ്ങളുടെ ബാത്റൂമിൽ വെള്ളം വരുന്നുണ്ട് നിങ്ങളുടെ മുറ്റത്ത് വെള്ളം വരുന്നുണ്ട് അവിടെ ടാപ്പ് ഓൺ ചെയ്താൽ വെള്ളം കിട്ടും പക്ഷേ അടുക്കളയിൽ ടാപ്പ് ഓൺ ചെയ്തിട്ട് വെള്ളം വരുന്നില്ല അതെന്താണ് നോക്കി മുകളിൽ ചെന്ന് നോക്കി അവിടെ ടാങ്കിൽ വെള്ളമുണ്ട് പൈപ്പൊക്കെ നോക്കി പൈപ്പ് ഒക്കെ ഉണ്ട് പിന്നെന്താ പ്രശ്നം മനസ്സിലാകുന്നില്ല എളുപ്പമല്ലേ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നോക്കി ഉടനെ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നു നോക്കി അപ്പോഴാണ് അടുക്കളയിലേക്ക് പൈപ്പ് വരുന്ന ഭാഗത്ത് അവിടെ അതിനകത്തൊരു തടസ്സം നിൽക്കുന്നു ഒരു തടസ്സം നിൽക്കുന്നു വെള്ളമുണ്ട് വെള്ളമില്ലായുകയില്ല ആ ടാങ്കിൽ വെള്ളമുണ്ട് പക്ഷേ പൈപ്പുമുണ്ട് കണക്ഷനെല്ലാം ഉണ്ട് പക്ഷെ ഒരു കാര്യം ടാപ്പിനും കുഴപ്പമില്ല എന്നാൽ ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു ബ്ലോക്ക് ഒരു തടസ്സം കിടക്കുന്നു സ്നേഹിതരെ നമ്മിൽ പലർക്കും അനുഗ്രഹത്തിന് തടസ്സമുണ്ട് ആ ബ്ലോക്ക് മാറ്റിയേ പറ്റൂ ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളെ തന്നെ കാണണം ചില ബ്ലോക്കുകളിൽ നിൽക്കുന്നുണ്ട് ഒരു കാലത്ത് നിങ്ങൾ ചെയ്ത ചില ദ്രോഹങ്ങൾ ചിലരുടെ പൈസ അപഹരിച്ചത് ചിലരെ നൊമ്പരപ്പെടുത്തിയത് സാധുവിനെ നിങ്ങൾ വേദനിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മൂലം ചിലരെല്ലാം കരയാനിടയായത് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട ദൈവദാസൻ ഇപ്പോൾ ഇപ്പോൾ മക്കൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചത് മക്കൾ മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിച്ചത് അധ്യാപകരെ വേദനപ്പെടുത്തിയത് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ കോളേജിൽ നിന്ന് പോയിട്ട് വർഷം പത്തായി എന്നാൽ പ്രിയപ്പെട്ടവരെ ഇപ്പോഴും ചിലപ്പോൾ ചിലർ ഫോൺ ചെയ്യും ചിലർ എന്നെ വന്നു കാണും സാറേ അന്ന് ഞാൻ സാറിനെ കളിയാക്കി സാറെ അന്ന് സാറിനെ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് കളിയാക്കി സാറിനെ കൃപാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സാറെ ക്ഷമിക്കണം എനിക്കിപ്പോഴാണ് മനസ്സിലായത് അയ്യോ എനിക്കന്ന് ബോധമില്ലാത്തതുപോലെ ആയിപ്പോയിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയും തുറന്നു പറയും ഇത് സാധാരണ കുട്ടികൾ മാത്രമല്ല പറയുന്നത് എന്റെ കൂടെ ജോലി ചെയ്ത പോലും എന്റെ വീട്ടിലൊന്ന് എന്നോട് മാപ്പ് യോദിക്കുന്നു അതെന്താണ് കാരണം ദൈവത്തിന് സ്തോത്രം എന്താണ് കാരണം അവർക്ക് ദൈവം വെളിവുകൊടുക്കുന്നു അവർ കുറ്റബോധം കൊടുക്കുന്നു അനുഗ്രഹത്തിന്റെ ചാനൽ തുറക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാം അങ്ങനെ തെറ്റി ചെയ്ത് ഒരു മാപ്പിക്ക് എന്റെ അടുക്കു വരണമെന്നല്ല പറഞ്ഞ് ക്ഷമിക്കണം തെറ്റിദ്ധരിക്കരുത് പക്ഷേ ഒന്നു ഞാൻ പറയാം ബ്ലോക്ക് മാറ്റാതെ ഈ വെള്ളമൊഴുകി വരികയില്ല ജീവന്റെ ജലമൊഴികി വരണമെങ്കിൽ കർത്താവ് യേസിന്റെ അനുഗ്രഹത്തിന്റെ ചാനൽ തുറന്നു കിട്ടണമെങ്കിൽ എല്ലാ ബ്ലോക്കും എല്ലാ തടസ്സവും മാറ്റണം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹൂത്ത് ദൈവവേലയെ പഴിച്ചവരുണ്ട് ദൈവവേലയെ നശിപ്പിച്ചവരുണ്ട് ദൈവവേലയെ ധിക്കരിച്ചവരുണ്ട് ദൈവവേലയ്ക്കെ എതിരായി മറദലിച്ച് സംസാരിച്ചവരുണ്ട് അതെല്ലാം തലമുറകൾക്ക് ശാപമാണെന്ന് അറിയുന്നില്ല പാവങ്ങൾ കാര്യം ഗ്രഹിക്കുന്നില്ല ഒരുപക്ഷെ അവരുടെ കാലത്തോ അവരുടെ കാലത്തിന് ശേഷമോ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ വരുന്ന ദുരിതങ്ങൾ എന്താണ് കാരണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ വരുന്ന യാതനകൾ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല തലമുറകളിലൂടെ ശാപങ്ങൾ പിൻവച്ചുകയാണ് എന്റെ സഹോദരങ്ങളെ എന്തിനെ നാം വലയണം എന്തിനെ നാം നശിക്കണം എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നോ എല്ലാം ഇന്ന് തുറന്ന് പറയാം എല്ലാം രാജാധി രാജന്റെ എല്ലാം തുറന്ന് പറയാം സത്യകുംഭസാരം നടത്താൻ പ്രിയപ്പെട്ടവരെ സത്യമാണ് ഞാനീ പറയുന്നത് അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത് എത്രയോ പേരൂടെ ഇരിക്കുന്നവരെ അറിയാം എത്രയോ പേര് സാധനങ്ങൾ മോഷ്ടിച്ചത് കൊണ്ടുപോയി മാപ്പ് ചോദിച്ചു എത്രയോ പേര് ജീവിതത്തിൽ വന്ന തെറ്റുകൾ പരസ്യമായി ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് നിരപ്പായി എന്റെ ദൈവത്തിന്റെ വലിയ നാമം മുഖത്തുപോയിട്ട് ഈ വിധുകൾ പരസ്യമായ ഒരു സദസ്സിൽ പറയാൻ പാടില്ലാത്ത എത്ര എത്ര ഹീന കൃത്യങ്ങൾ ചെയ്തവര് ഈ പാവപ്പെട്ട എന്റെ അടുക്കൽ തന്നെ വന്ന് ഷെയർ ചെയ്യാനിടയായി ദൈവത്തിന് സ്തോത്രം ഞാൻ നിങ്ങോട്ട് പറയട്ടെ തുറക്കാതെ മോനെ രക്ഷ കിട്ടുകയില്ല കല്ലറയുടെ വാതിൽ തുറക്കാതെ അത് നീ തന്നെ ചെയ്യേണ്ടതാണ് ലാസറ ഉയർത്തെഴുന്നേൽക്കുകയില്ല കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുകയില്ല കർത്താവ് പറഞ്ഞു കല്ല് നീക്കു ഈൻ എന്ന് പറഞ്ഞു മാർത്താവ് മടിച്ചു കർത്താവെ അയ്യോ ഇപ്പൊ കല്ല് നീക്കിയാൽ ഇന്ന് തുടങ്ങി ശരിയാണ് മോനെ നിന്റെ ജീവിതത്തിൽ നാറ്റം വെച്ച ചില പാവങ്ങളുണ്ട് വളരെ മ്ലേച്ഛമായ ചില പാവങ്ങളുണ്ട് വളരെ അറപ്പ് ചില പാവങ്ങളുണ്ട് നാറ്റം വെച്ച് തുടങ്ങി സത്യമാണ് പക്ഷേ നീ തുറന്നു നോക്കൂ തുറക്കാതെ അയ്യോ നാറ്റം വെച്ചു തുടങ്ങി എന്ന് പറഞ്ഞ് നീ ഒളിച്ചു വെച്ചാൽ നിനക്ക് രക്ഷ കിട്ടുകയില്ല തുറന്ന് എല്ലാം തുറന്ന് പറഞ്ഞുകൊള്ളൂ സ്തോത്രം ഏറ്റു പറഞ്ഞുകൊള്ളൂ നമ്മുടെ പാവങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകലനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പന്തക്കവണ്ണം വിശ്വസ്തനം നീതിമാനുമാകുന്നു പ്രിയപ്പെട്ടവരെ തിരുവചനങ്ങനെയാണ് പറയുന്നത് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൽ അങ്ങനെ നാം വായിക്കും നമ്മുടെ പാവങ്ങൾ ഏച്ചു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ച് സകലനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനീതിമാനുമാകുന്നു യെസ് സദൃശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം പറയും തൻ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല അവ ഏച്ചു പറഞ്ഞു കരുണ ലഭിക്കും മാർത്ത കല് നീക്കി ദൈവത്തിന് സ്തോത്രം യേശു മേലോട് നോക്കി പ്രാർത്ഥിച്ചു പിതാവിനോടപേക്ഷിച്ചു എന്നിട്ട് യേശു ആ കല്ലറയ്ക്കുള്ളിലേക്ക് ദുർഗന്ധം വമിക്കുന്ന കല്ലറയ്ക്കുള്ളിലേക്ക് ചീഞ്ഞ മണം വരുന്ന ആ കല്ലറയ്ക്കുള്ളിലേക്ക് യേശു തന്റെ തലയങ്ങോട്ട് നീട്ടി എന്നിട്ട് യേശു എന്തു ചെയ്തു പുറത്തുവരിക എന്ന് പറഞ്ഞു ദാസറിനെ പേർ ചൊല്ലി വിളിച്ചു ദൈവത്തിന് സ്തോത്രം മരണ ലോകത്ത് പാതാള ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവനായി കിടന്ന ആ ആത്മാവ് ആ ശരീരത്തിലേക്ക് മടങ്ങി വന്നു ജീർണത എവിടെ പോയി അവിടെ ചീഞ്ഞ് കിടന്ന ശരീരത്തിനായി ഈ പെട്ടെന്ന് മാറ്റം വന്നത് എങ്ങനെയാണ് അത്യുന്നതൻ കൽപ്പിച്ചു ദൈവത്തിന് സ്തോത്രം കുഞ്ഞയെ നിന്റെ ജീർണതകൾ മാറിപ്പോകും എന്റെ മോളെ നിന്റെ മ്ളേച്ഛതകളെല്ലാം മാറിപ്പോകും ഒരു ദുർഗന്ധവും എന്താണ് വേണ്ടത് രക്ഷകന്റെ മുമ്പിൽ വന്ന് നീയെ കല്ലറ തുറക്കൂ മറഞ്ഞിരിക്കുന്നത് തുറന്ന് കാണിക്കൂ ലജ്ജിക്കേണ്ട സംശയിക്കേണ്ട എന്റെ ദൈവത്തിന് സ്തോത്രം ജീവനുള്ള ക്രിസ്തുവിന്റെ വചനം വ്യക്തമായി കാണിച്ചു തരുന്നു കാണിക്കുന്നു യേശു മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നു യേശു കല്ലറിക്കുള്ളിലേക്ക് നോക്കി ലാസറിനെ പേർ ചൊല്ലി വിളിക്കുന്നു ഞാൻ പുസ്തകത്തിൽ വായിച്ചു ലാസറേ എന്ന് പേർ പറഞ്ഞു വിളിച്ചു അല്ലെങ്കിൽ സൃഷ്ട ശബ്ദം കേൾക്കുമ്പോൾ പുറത്തുവരിക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എങ്കിൽ മരിച്ചവരെല്ലാം പുറത്തു വന്നേനെ പ്രിയപ്പെട്ടവരെ എന്നാൽ ലാസറിനെ പ്രത്യേകിച്ചു വിളിച്ചു ഇന്ന് രാത്രി ദൈവം ഇതലേ നിന്നെ പേർചൊല്ലി വിളിക്കുകയാണ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കറുത്ത അവധ്വാനിക്കുകയാണ് മോളയെ നിന്നെ അവൻ പേർ ചൊല്ലി വിളിക്കുകയാണ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ അധ്വാനിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന റോയിയെ ഞാൻ ഇപ്പോൾ കാണുന്നു റോയി ഒന്ന് എഴുന്നേറ്റ് എന്റെ അടുക്കളേക്ക് വരിക ദൈവത്തിന് സ്തോത്രം റോയി പാലക്കാട്ടുമാരി ജയിക്കുബച്ചന്റെ മകനാണ് കീഴിലത്ത് മണ്ണൂർ പള്ളികാരിയായിരുന്ന പാലക്കാട്ടുമാരി ജയിക്കുബച്ചന്റെ മകനാണ് റോയിയുടെ അമ്മയുടെ അപ്പൻ പണ്ടിക്കുടി കോറപ്പിസ്കോപ്പായാണ് പ്രിയപ്പെട്ടവരെ ോഹിയുടെ ജീവിതത്തിൽ റോയി തിരുവചനം കേട്ട് എന്നപ്പോൾ ചെയ്തെന്താണെന്നറിയാമോ ആ ഫ്രിഡ്ജിൽ അലമാരിയിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളെല്ലാം എടുത്ത് അത് വാഷിംഗ് മെഷീനിലേക്ക് ഒഴിച്ചു കളഞ്ഞു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാവം മുഹുത്തപ്പെടട്ടെ എന്നിട്ട് അച്ഛന്റെ അടുക്കൽ അച്ഛന്റെ കാലു പിടിച്ച് മാപ്പ് യോദിച്ചു അച്ഛന്റെ മോനാണ് പള്ളിയിലെ കയർസെറ്റിന്റെ ലീഡറാണ് എല്ലാമാണ് എന്നാൽ റോയി ഇത് ചെയ്തു ഇവിടെ പ്രിയപ്പെട്ട സാജു ഉണ്ട് ഇവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കേണ്ടതായിരുന്നു സാജു ഗോതമങ്ങനം കോളേജിൽ ഡിഗ്രിക്ക് സാജു അവിടെ ചെയ്ത മോഷണങ്ങൾ വലുതാണ് സാജു ആ നാട്ടിലൊക്കെ ഓടി നടന്ന് കൂട്ടുകാർ കൂടി രസിച്ച് മേളിച്ച് മദ്യവിച്ച് കൂത്താടി നടന്ന് അന്ന് സാജു അവിടെ ആ ദേശത്തുള്ള പലതും മോഷ്ടിച്ചെടുത്തതാണ് വാഴയ്ക്ക മോഷ്ടിക്കും വാഴക്കൊല മോഷ്ടിക്കും കോഴിയെ മോഷ്ടിക്കും മദ്യം വാങ്ങിച്ചു രാത്രി സതിരാണ് രാത്രി വലിയ കൂത്താട്ടവും ചാട്ടവും മേളവും കോമാളിത്തവുമാണ് പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെട്ടുകഴിഞ്ഞപ്പോൾ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഓരോ വീട്ടിലേക്കും ല കൂടാതെ കല്ലറ തുറന്നു ദൈവത്തിന് സ്തോത്രം കരുണയുള്ള കർത്താവിന്റെ കൃപയാൽ കല്ലറ തുറന്നപ്പോൾ ദുർഗന്ധമല്ല വന്നത് ജീവനുള്ള രാസർ പുറത്തു വന്നതായി കണ്ടതുപോലെ സാജു രക്ഷപ്പെട്ട് പുറത്തു വന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹുത്തപ്പെടട്ടെ സ്നേഹിതരെ ഇങ്ങനെ പറയാൻ അത്രയത്ര കാര്യങ്ങളുണ്ട് പറയാൻ നേരമില്ല എനിക്ക് വർണ്ണിക്കാൻ സമയമില്ല ഒന്ന് ഞാൻ നിങ്ങോട്ട് പറയാം നിങ്ങളെ പേർ ചൊല്ലി ദൈവം വിളിക്കുകയാണ് മോനെ നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ് സക്കായിയെ വേഗം വിറങ്ങുക എന്ന് പറഞ്ഞു ൻ അവൻ നിന്റെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് നിന്നെ പേര്യാണ് ഈ രാത്രി ദൈവജനമയെ നിങ്ങളെ യേശു ക്രിസ്തു പേര് ചൊല്ലി വിളിക്കുകയാണ് നിന്നെ ഉയർത്തൽ നേൽപ്പിക്കാനാണ് വിളിക്കുന്നത് ആത്മാവിന്റെ മരണാവസ്ഥയിൽ നിന്ന് ആത്മാവിന്റെ മൃതാവസ്ഥയിൽ നിന്ന് നിനക്ക് മോചനം തന്നതിനെ ഉയർത്തൽ നേൽപ്പിച്ച് സ്വർഗ സീമകളിരുത്താനാണ് രാജാതിരാജൻ നിങ്ങൾ വിളിക്കുന്നത് ദൈവത്തിന്റെ വലിയ നാമം ബഹുത്തുപെടട്ടെ ദൈവത്തിൽ സ്ത്രോത്രം ദൈവത്തിന്റെ വലിയ നാമം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ വേണമോ എന്നാണ് ചോദിക്കുന്നത് യേശുവിന് നിങ്ങൾക്ക് അടുത്ത് കിട്ടിയിരിക്കുന്ന സമയം യേശുവിനെ കൈക്കൊള്ളുമോ എന്നാണ് ചോദിക്കുന്നത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പറയേ നിങ്ങൾ ചീഞ്ഞ അവസ്ഥയിൽ കഴിയണ്ട നിങ്ങളെ രക്ഷിക്കാൻ യേശുണ്ട് ആരും ഭയപ്പെട്ട് മാറണ്ട നിങ്ങളുടെ ഭാവങ്ങളൊന്നും കർത്താവ് വെളിപ്പെടുത്തുകയില്ല എന്നാൽ യേശുവിനോട് നിങ്ങൾ വെളിപ്പെടുത്തണം നീ ആരാണെന്ന് പറയണം യോ ഞാൻ യാക്കോവാകുന്നു എന്ന് അന്ന് യാക്കോവ് പറഞ്ഞു പാമ ഇരുപത് കൊല്ലം മുൻപ് അപ്പന്റെ മുമ്പിൽ നിന്ന് നോണ പറഞ്ഞ മോൻ അത് തിരുത്തി എന്റെ ദൈവത്തിന് സ്തോത്രം എന്റെ ദൈവമേ കർത്താവിന് സന്തോഷമായി കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞു അടുത്ത വാക്യം അയച്ചേ നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബെന്ന് അവൻ പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിവിളിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു സ്തോത്രം പറഞ്ഞു നിന്റെ പേര് മാറ്റിയിരിക്കുന്നു നിനക്കൊരു പുതിയ പേര് തന്നിരിക്കുന്നു ഇനി നിന്റെ പേര് യാക്കോവെന്നല്ല അതെല്ലാം പഴയ കഥ ആ പഴയ യാക്കോ മരിച്ചു ഇനി നീയോ പുതിയ ഇസ്രായേലാണ് നീയെ യുവർ ദ പ്രിൻസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ രാജകുമാരനാണ് സ്തോത്രം ആരാണ് ഈ മരണഭീതിയോടെ നിൽക്കുന്നതിനോട് ഉടയംപരം പറയുകയാണ് യുവർ ദ പ്രിൻസ് ഓഫ് ഗാഡ് നീ ദൈവത്തിന്റെ രാജകുമാരനാണ് ദൈവത്തിന്റെ പ്രഭകുമാരനാണ് ദൈവത്തിന്റെ സ്തോത്രം നിന്റെ പേരിന്റെ ഈ യാക്കോ എന്നല്ല ഇസ്രയേലെന്നാകും ദൈവത്തിന് സ്തോത്രം എന്റെ സ്നേഹിതരെ കഴിഞ്ഞതെല്ലാം മായ്ച്ചു തരുന്ന സ്നേഹം കഴിഞ്ഞതെല്ലാം പുറത്തു സ്നേഹം എന്റെ ദൈവത്തിന് സ്തോത്രം ഏഴ് ഏഴ് ഭൂതങ്ങളുണ്ടായിരുന്ന മക്തലിനും അറിയാം അവളുടെ ശരീരം പാവത്തിന് വിട്ടുകൊടുത്തു അവർ വൃത്തികെട്ട ജീവിതം നയിച്ചു അവളെ ഒന്നാമത്തെ സാക്ഷിയാക്കിയ ക്രിസ്തുവിന്റെ സ്നേഹം ദൈവത്തിന് സ്തോത്രം അഞ്ച് വിവാഹം കഴിഞ്ഞു എല്ലാം വിവാഹം മോചനം നേടി ആറാം വിവാഹം കഴിക്കാതെ ഒരു പുരുഷന്റെ കൂടെ കൂടി ആ സ്ത്രീ ശമരിയാ സ്ത്രീ അവളുടെ ജീവിതം മാറ്റി ക്രിസ്തുവിനെ സാക്ഷിയാക്കിയ സ്നേഹം എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തപ്പെടട്ടെ പത്രദോസ് തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞ പത്രദോസ് അസ്ഥാനപ്പെടുത്തി ശുശ്രൂഷ വരവേൽപ്പിച്ച് ആദ്യത്തെ കന്നി പ്രസംഗത്തിൽ മൂവായിരങ്ങളെ വീണ്ടെടുത്ത ദൈവസ്നേഹം സ്നേഹിതരെ നിങ്ങളെ കർത്താവിന് വേണം നിങ്ങളെ യേശുവിന് വേണം ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കൂ യേശുവിന് നിങ്ങളെ കുറിച്ച് ആശയുണ്ട് നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട് നിങ്ങൾ സഭ മാറണ്ട സമുദായം മാറണ്ട പള്ളി മാറണ്ട പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു പൈസയും ഞങ്ങൾക്ക് തരണ്ട ഒരു പൈസയും കാണിക്കട്ടില്ലെങ്കിലും കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയട്ടെ നിങ്ങൾ മാറേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ മാറേണ്ടത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ പാവ ജീവിതമാണ് മാറേണ്ടത് സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു രാത്രി നിങ്ങളുടെ അരികത്തുനിന്ന് കെഞ്ചുകയാണ് മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക എന്റെ മകളെ ഹൃദയം എനിക്ക് തരുക ഞാൻ നിന്നിൽ അധിവസിക്കട്ടെ ഞാൻ നിന്നെ നടത്തട്ടെ ഞാൻ നിന്നെ നയിക്കട്ടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ പാവക്കറകൾ കഴുകട്ടെ എന്നാണ് യേശു പറയുന്നത് സകലപാപു ശുദ്ധീകരിക്കുന്ന രക്തം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ് ആർക്ക് വേണം ഞാൻ എന്നെ തന്നെ കാണുന്നു യാക്കോവ് തന്നെ തന്നെ കണ്ടു യാക്കോവ് ആദ്യം ദൈവ കണ്ടു യാക്കോവ് പിന്നീട് ദൈവത്തെ കണ്ടു തീർന്നില്ല യാക്കോവ് തന്നെ തന്നെ കണ്ടു ഹലോയ്യാ ദൈവത്തിന്റെ സ്തോത്രം തന്നെ തന്നെ കാണാൻ ാലം എ വൃത്തികെട്ട വാക്കുകളാണ് നാവിൽ വന്നത് എന്തെല്ലാം വൃത്തികെട്ട പടങ്ങളാണ് ഞാൻ കണ്ടുപോയത് ഏതെല്ലാം വൃത്തികെട്ട ശീലങ്ങളാണ് എനിക്കുണ്ടായിരുന്നത് അയ്യോ എന്തെല്ലാം ചുറ്റുപാടുകളിലൂടെയാണ് ജീവിച്ചത് എന്റെ കൂട്ടുകാർ ഏതെല്ലാം തരക്കാരായിരുന്നു എന്റെ ദൈവമേ എന്റെ കാലങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്റെ യൌനപ്രായത്തിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് അപ്പോ എനിക്ക് പേടിയാകുന്നു നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ പറയണം ദൈവത്തിന്റെ വലിയ നാമം വഹുത്വപ്പെടട്ടെ ോരോന്നോ ആ എണ്ണി എണ്ണി നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ദൈവസന്നിധി നിങ്ങൾ വിനയപ്പെടണം ദൈവത്തിന്റെ സ്തോത്രം എന്റെ സ്നേഹിതരെ നിങ്ങളോട് പറയട്ടെ ഞാൻ ഇന്ന് എഴുപത് വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ് സ്തോത്രം എന്നാൽ ഭാഗ്യവശാൽ എന്റെ അമ്മായിനെ വളരെ കർശനമായി പാലിച്ചിരുന്നുകൊണ്ട് പ്രകടമായ പാവത്തിനൊന്നും പോകാനടിയായില്ല സിനിമ കണ്ടില്ല സ്മോക്കിംഗ് പുകവലിച്ചില്ല ഞാൻ മദ്യപിച്ചില്ല ഞാൻ വേണ്ടാത്ത പോയില്ല അരുതാത്ത ശീലങ്ങളൊന്നും പഠിച്ചില്ല പക്ഷേ എന്റെ ഹൃദയം നിറയെ അഴുക്കായിരുന്നു ഹൃദയം നിറയെ വൈരാഗ്യമായിരുന്നു ഹൃദയം നിറയെ ഈർഷിയായിരുന്നു ഹൃദയം നിറയെ അസൂയായിരുന്നു ഹൃദയം നിറയെ സ്ഥാനമോഹമായിരുന്നു ഹൃദയം നിറയെ സ്വാർത്ഥതയായിരുന്നു അതൊന്നും പാവമാണെന്ന് വിചാരിച്ചില്ല എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ നോമ്പ് എല്ലാം കൃത്യമായി നോക്കുന്നുണ്ടല്ലോ രണ്ടു നേരവും വീട്ടിൽ നമസ്കാരമുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ജീവിച്ചു എന്നാൽ ജീവൻ വചനത്തിന് മുന്നിൽ വന്നപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി ഐ എം റോഷൺ ത്രൂ ആൻഡ് ത്രൂ ഞാൻ മുഴുവൻ നശിച്ചവനാണെന്ന് മനസ്സിലായി ഞാൻ മുഴുവൻ ചീഞ്ഞവനാണെന്ന് മനസ്സിലായി കർത്താവെ പുറമേ കുഴപ്പമില്ലെങ്കിലും എന്റെ അകം അഴുക്കാണെന്ന് മനസ്സിലായി ഹൃദയത്തിൽ നീരസമുള്ളവനാണെന്ന് മനസ്സിലായി വലിയ കോപമുള്ളവനാണെന്ന് മനസ്സിലായി പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമുള്ളവരാണെന്ന് മനസ്സിലായി കർത്താവേ എനിക്കൊരു പുതിയ മനുഷ്യനാകണമെന്ന് ഞാൻ പറഞ്ഞു ഹേ ലോഹ്യ സ്തോത്രം നിങ്ങളോട് പറയട്ടെ പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങിയ ആത്മീയ ജീവിതം ഇന്ന് എഴുപതാമത്തെ വയസ്സുവരെയും കർത്താവ് നിർത്തി അതാണ് ഞാൻ പറഞ്ഞത് രാവിലെയും നിന്റെ വിത്ത് വിതയ്ക്ക വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത് ഹ ലോഹ്യ എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നയോളം കർത്താവ് നടത്തി എന്റെ കർത്താവിന് സ്തോത്രം പത്ത് വയസ്സേക്ക് ക്രമക്കേട് വരാതെ കാത്തു ഹ ലോഹ്യ എന്റെ സ്തോത്രം എല്ലാം കൃപ കൃപ ഞാൻ പാടും കൃപ കൃപ എന്റെ െ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാനുണ്ടോ എന്തെങ്കിലും യേശുവിനോട് പറയാനുണ്ടോ വേറെ ആരോടും നിങ്ങൾ ഇപ്പോൾ പറയണ്ട തൽക്കാലം നിങ്ങൾ ആരോടും തുറന്നു പറയേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുനോട് വലുതും പറയാനുണ്ടോ സമയം മുന്നോട്ട് പോകുന്നല്ലോ നീക്ക് വേഗം തീർക്കണമല്ലോ അതിനു മുൻപ് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നത് ഒന്ന് സന്തോഷിക്കണമല്ലോ ദൈവത്തിന് സ്തോത്രം എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല നീയാക്കോ പറഞ്ഞു കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല പ്രിയപ്പെട്ടവരെ ോവിന്റെ ഉളുക്ക് നിലനിന്നു മരിക്കാൻ കിടക്കുമ്പോൾ ഉളുക്ക് അങ്ങനെ തന്നെയുണ്ട് യാക്കോവ തന്റെ വടിയിൽ ചാരിക്കൊണ്ടാണ് നമസ്കരിക്കുന്നത് എബ്രായ ലം വായിക്കുമ്പോൾ കാണാം ആ ഉളുക്ക് മാറിയില്ല നന്നായി ഉളുക്ക് അവിടെ ഇരിക്കട്ടെ അതൊരു ഓർമ്മ സ്തംഭമായിരിക്കട്ടെ ജീവിതത്തിൽ ഒരു ഓർമ്മയായിരിക്കട്ടെ അതൊരു അനുസ്മരണത്തിന് ഉതകട്ടെ ദൈവത്തിന് സ്തോത്രം മോനെ നിന്റെ ജീവിതത്തിൽ ചില കേടുകൾ വന്നിട്ടുണ്ട് ചില കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നിട്ടുണ്ട് സാരമില്ല കർത്താവെ ഉളുക്ക് വന്നത് നന്നായി ചിലരിനെ വെറുത്തത് നന്നായി ചിലരനെ പകച്ചത് നന്നായി നന്നായി എന്റെ ദൈവമേ എനിക്ക് രോഗം വന്നത് നന്നായി എനിക്ക് കഴിവന്നത് നന്നായി നിങ്ങൾ ദൈവത്തോട് പറയാൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് എന്നെ തന്നെ കാണാനിടയായല്ലോ നിന്റെ സ്നേഹം കാണാനിടയായല്ലോ നന്നായി കർത്താവേ നിനക്ക് കഷ്ടതകൾ നന്നായി ദുഃഖങ്ങളും ദുരിതങ്ങളും നന്നായി എനിക്ക് നിന്നെ സ്തുതിക്കാനിടയായല്ലോ നീ എന്നെ സ്നേഹിക്കുന്ന അറിയാനിടയായല്ലോ ദൈവത്തിന് സ്തോത്രം കിട്ടിയതിന് സംതൃപ്തിയോടെ ഞാൻ ഇന്നു മുതൽ പുതിയ മനുഷ്യനായി ജീവിക്കും പുതിയ പേരുള്ളവനായി ജീവിക്കും യേശുവിനെ സ്നേഹിച്ചു ജീവിക്കും യേശുവിനെ വകയായി ഞാൻ ജീവിക്കും അനുഗ്രഹം മുഴുവൻ ഞാൻ സമ്പാദിക്കും എല്ലാ അനുഗ്രഹ സമൃദ്ധിയും ഞാൻ നേടിയെടുക്കും പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്ക് താൽപര്യമുണ്ടോ സകൽ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ നിറയ്ക്കുവാൻ യേശു വന്നിട്ടുണ്ട് സകൽ ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങൾ നിറയ്ക്കുവരേശു വന്ന് നിൽക്കുകയാണ് ഇന്ന് നിങ്ങളെ പറഞ്ഞു വിടാനാണ് കൃത്വം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ യേശങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അനുഗ്രഹ സമൃദ്ധിയോടെ പോകുവാൻ യേശു നിങ്ങൾ വിളിക്കുകയാണ് ഈ സമയം നഷ്ടപ്പെടുത്തല്ലേ ഇപ്പോൾ യേശു സമീപിക്കുന്ന സമയമാണ് അവന്റെ കരം നീട്ടിയിരിക്കുകയാണ് ആണിപ്പാടുള്ള കരം ആ തിരക്തം അവന്റെ കരത്തിൽ തുളിച്ചു നിൽക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ അവനോട് വാക്ക് പറയുകയും യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വക പറയുമോ നിങ്ങൾ കണ്ണുകളെ എന്നിട്ട് നിങ്ങൾ എവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ ലക്ഷ കൂടാതെ മടി കൂടാതെ ദൈവത്തോ പറയു എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എല്ലാരും പറയുവീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലേശുവേശനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലേശുവേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല Yesuwe yes, ni enne andeshallaade naan ninne vidugilla haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya haleluya stotram stotram stotram ഗോത്രപിതാക്കന്മാരുടെ അപ്പനായി യാക്കോബ് തീർന്നു യാക്കോവ് ഫറവനി അനുഗ്രഹിക്കുന്നതിനായി തീർന്നു യാക്കോവ് മക്കളെ എല്ലാവരും മാറി അനുഗ്രഹം ചെല്ലാതിന് എന്ന് പറഞ്ഞ യാക്കോവ് അനുഗ്രഹത്തിന്റെ ഉടമയായി മാറി അനുഗ്രഹിക്കുന്നതിനായി മാറി ഇന്ന് രാത്രി നമുക്ക് നമ്മ തന്നെ സമർപ്പിക്കാം കത്താണ്ട് വാക്ക് പറയാം ആരെല്ലാം ഇത് ഈ അവരെ ഇപ്പോൾ കൈ ഞാൻ പറയുന്നില്ല അവരെഴുന്നിൽക്കാനും പറയുന്നില്ല ഒന്നു മാത്രം ഞാൻ എളിമയോടെ നിങ്ങൾ പറയും നിങ്ങളുടെ ഹൃദയത്തിന്റെ തീരുമാനം കാണാൻ യേശു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് തീരുമാനം കാണാൻ യേശു നിൽക്കുന്നുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരികെ തരാൻ യേശു നിൽക്കുന്നുണ്ട് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ട സമാധാനങ്ങൾ നഷ്ടപ്പെട്ട കുടുംബ സ്വൈരങ്ങൾ നഷ്ടപ്പെട്ട സ്വർഗീയ ശാന്തികൾ എല്ലാം തരാനായിട്ട് യേശു നിൽക്കുന്നുണ്ട് അവന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക അവൻ വീണ്ടും വരുന്നവനാണ് വീണ്ടും വരുന്ന യേശു നിങ്ങളെ കൈക്കൊള്ളാനായി നിങ്ങൾ ഇന്ന് വിശുദ്ധരായി തീരാനുള്ള യത്നം തുടങ്ങുകയും ആദ്യത്തെ ചുവടുവയ്പ് തുടങ്ങുകയും കർത്താവെ ഈ നിമിഷം മുതൽ ഞാൻ വിശുദ്ധനായി ജീവിക്കും ഹലോഹ്യ ഇതുവരെ വന്നതുപോലല്ല കർത്താവെ ഐ വിൽ നെവർ ബി ദ സെയിം ഞാൻ പഴയയാളായിരിക്കില്ല ഐ വിൽ നെവർ ബി ദും ിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കൂ യേശുവിനായി നിങ്ങളുടെ ജീവിതം വേർതിരിക്കൂ നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ മനോഹരമായ രാത്രിക്ക് ഈ സ്ത്രോത്രം ഈ കൺവെൻഷൻ അനുഗ്രഹ സമൃദ്ധിയോടെ പര്യവസാനിപ്പിക്കാൻ നിങ്ങൾ കൃപ തന്നതിനായി ഈ സ്ത്രോത്രം അപ്പോ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും അനുഗ്രഹങ്ങൾക്ക് തരുമെന്ന് അപ്പോൾ അതിനുള്ള ഒരുക്കമൊന്നും ഞങ്ങൾക്കില്ല അതിനുള്ള യോഗ്യതയും ഞങ്ങൾക്കില്ല അപ്പോ ആ നീ ഞങ്ങള് സ്നേഹിച്ചു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങളോ നിസ്സാരര് ഞങ്ങളോ പാവങ്ങള് ഞങ്ങളോ കർത്താവെ ഞങ്ങൾ ഏതാണ് നഗതികളെ പോലെ കഴിയുന്നവര് എന്നാൽ നീ ഞങ്ങള് സ്നേഹിക്കുക മാത്രം ചെയ്തു അപ്പോ യേശുളള മക്കളായി അനുഗ്രഹത്തിന്റെ ഉടമകളായി ജീവിപ്പാൻ ഞങ്ങൾ വിളിച്ചതിനായി സ്ത്രോത്രം ഇന്ന് രാത്രി തീരുമാനമെടുത്തവരുടെ മേൽ നിന്റെ കരം വെച്ചതിനായി സ്തോത്രം ഇന്ന് രാത്രി തീരുമാനിച്ച അനേകം പേർക്ക് രോഗസൌഖ്യം എന്റെ കർത്താവ് സ്തോത്രം ഇന്ന് രാത്രി തീരുമാനമെടുത്തവർക്ക് കർത്താവെ പുതിയ പേര് നൽകിയതിനായി സ്തോത്രം ഇന്ന് രാത്രി തീരുമാനമെടുത്തവരുടെ മേൽ എന്റെ കരുണയുടെ കരം വന്നതിനായി ഈ സ്തോത്രം ഇന്ന് രാത്രി ഈ തീരുമാനമെടുത്തവരുടെ പാവക്കറകളിന്റെ നാഥൻ കഴിയതിനായി സ്തോത്രം ഇന്ന് രാത്രി പുതിയ തീരുമാനമെടുത്തവരെ എന്റെ നാഥൻ സ്വർഗീയ കുടുംബത്തോട് ചേർത്തതിനായി സ്ത്രോത്രം എല്ലവരെയും വാഴ്ത്തണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവരുടെയും ഉയരത്തർക്ക് രമിക്കണമേ ആസ്വദിക്കണമേ വന്യപട്ടക്കാരെ അനുഗ്രഹിക്കണമേ എല്ലാവരെയും വാഴ്ത്തണമേ ദേശത്തെ അനുഗ്രഹിക്കണമേ ദേശക്കാരെ അനുഗ്രഹിക്കണമേ പല സഭകളിൽ നിന്ന് അനുഗ്രഹിക്കണമേ നാനാ സമുദായങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവരെയും അനുഗ്രഹ നിറയ്ക്കണമേ കൃപയിൽ പൊതിയണമേ എന്റെ നാഥ ഇനിയെ ഞങ്ങൾ കൂടിക്കാണുന്ന മുൻപ് എന്തെല്ലാമാണ് സംഭവിക്കുന്ന അറിയുന്നില്ലല്ലോ കർത്താവേ അവിടുത്തെ രണ്ടാമത്തെ വരവ് ആകുന്നുവെങ്കിൽ ഞങ്ങൾ േ ഇനി ഞങ്ങൾ കൂടിക്കാണുന്ന മുൻപ് ഞങ്ങളുടെ മരണമാകുന്നുവെങ്കിൽ ഞങ്ങൾ നിത്യ കാണുമാറാകണമേ നിത്യ ഞങ്ങൾ എത്തുമാറാകണമേ രാജാധിരാജ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൈക്കൊള്ളപ്പെടുമാറാകണമേ ഞങ്ങൾ രാജാധിരാജന്റെ മണമറയിൽ ഞങ്ങൾ ചേർക്കപ്പെടുമാറാകണമേ വിശുദ്ധ മണവാട്ടി സമയമായി ഞങ്ങൾ മധ്യാകാശത്തേക്ക് പറന്നു വീരാനിടയാകണമേ എല്ലാവരെയും വാഴ്ത്തണമേ യേശുക്രി പരിശുദ്ധമായ നാമത്തിൽ തന്നെ